ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്തതി ആത്മനി യത്സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമ ശ്രുത മനസ്സ് പ്രസന്നമാവണമെങ്കിൽ രാഗദ്വേഷല്ലാതെ ഇരിക്കുകയാണെങ്കിൽ മനസ്സ് പ്രസന്നമാവും പ്രസന്നമായ മനസ്സിൽ ഭഗവത്ഭക്തി സഹജമായിട്ട് ഉദിക്കും അതുകൊണ്ട് മനസ്സ് പ്രസന്നമാവാൻ മുഖ്യ സാധനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാഹ്യനിരോധമാണ് ബാഹ്യേ നിരുദ്ധേ മനസ്സ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം തസ്മിൻ സുദൃഷ്ടേ ഭവന്ധനാശ ബഹിർനിരോധ പദവി വിമുക്തേ മനസ്സ് പുറം വിഷയങ്ങളിൽ ചെന്നു പെടാതെ കാത്തു സ്വധർമാനുഷ്ഠാനം കൊണ്ടും കുറേയൊക്കെ തന്നെ മനസ്സ് പുറം വിഷയങ്ങളിൽ പെടാതെ കാത്തുരക്ഷിക്കാൻ സാധിക്കും അവരവരുടെ വിധിച്ചു കിട്ടിയ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് പ്രസന്നതയുണ്ടാവും പ്രസന്നമാവുന്ന ചിത്തം സഹജമായിട്ട് ആത്മസുഖത്തിനെ അനുഭവിക്കും ഉദിക്കുന്ന സ്ഥലത്തിൽ അടങ്ങും ഉദിക്കുന്ന സ്ഥലത്ത് ചിത്രം അടങ്ങിയാൽ ബോധം തെളിഞ്ഞു പ്രകാശിക്കും അപ്പോ മനഃപ്രസാദത്തിനാണ് ബാഹ്യനിരോധം എന്ന് പറയണത് അതിനിവിടെ ബാഹ്യസ്പരിശേഷു അസക്താത്മാ വിന്ദി ആത്മനിയത്സുഖം ആത്മാവിൽ സുഖമുണ്ട് ആനന്ദമുണ്ട് എന്നൊക്കെ എത്ര ശാസ്ത്രങ്ങളും ഋഷികളും ആചാര്യന്മാരും പറഞ്ഞാലും ആത്മസുഖം എന്തുകൊണ്ട് കിട്ടണില്ല മനസ്സ് പുറത്തുപോയി വിഷയങ്ങളിൽ പലതിലും പെട്ടുകിടക്കുകയാണ് ഇന്നലെ പറഞ്ഞ പോലെ ഉപ്പ് തുപ്പിയിട്ടില്ല ആ ഉപ്പ് വായിൽ ഉപ്പ് കഷ്ണം വായിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പിന്റെ രുചിയോടുകൂടിയിട്ടാണോ വരുന്നത് മാധുര്യം നമ്മൾക്ക് സുഖം എവിടുന്നെങ്കിലും കിട്ടണമുണ്ടെങ്കിൽ ആ സുഖമൊക്കെ തന്നെ ആത്മാവിൽ നിന്ന് തന്നെയാണോ വരുന്നത് ആനന്ദം വേറെ വരില്ല പക്ഷെ അതിലിത്തിരി ഉപ്പ് കലർന്നിട്ടേ വരുന്നുള്ളൂ അപ്പൊ മനസ്സ് പ്രസന്നമാവണമെങ്കിൽ കുറച്ചൊക്കെ മനസ്സിനെ അന്തർമുഖമാക്കി സ്വധർമ്മത്തിന് നിർത്തിയാൽ തന്നെ കുറെ പ്രസന്നമാവും പിന്നെ പതുക്കെ പതുക്കെ മനസ്സ് അന്തർമുഖമായി തന്റെ ഉറവിടത്തിലേക്ക് തിരിച്ച് ചെല്ലുമ്പോൾ പിറപ്പിടത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അതിനാണ് അന്തർമുഖം എന്ന് പേരും അന്തർമുഖ സമാരാധ്യാം ബഹിർമുഖ സുദുർലഭ ബഹിർമുഖമായി ചിത്രം അലയുന്നിടത്തോളം ഈ സത്യം കിട്ടില്ല വാസ്തവത്തിലുള്ള ഭഗവത് ദർശനം ഉണ്ടാവില്ല മനസ്സ് അന്തർമുഖമാവുമ്പോ സ്വയമേവ സർവാനന്ദത്തിന്റെ ഉറവിടം തന്നില് തന്നെ കാണും താൻ ഉദിക്കുന്ന സ്ഥലത്ത് ചിത്തം എവിടെ ഉദിക്കുന്നു ആ ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ ചിത്തത്തിന് ചിത്തിന്റെ ദർശനം ഉണ്ടാവും തന്റെ സ്വരൂപം എന്താണ് എന്ന് ഉള്ള അനുഭവം നമുക്ക് മനസ്സ് അന്തർമുഖമാവുമ്പോൾ ഉണ്ടാവും ആത്മനിയത്സുഖം വിന്തതയും അപ്പോഴാണ് ആത്മസുഖം എന്ന് പറയുന്നത് വിഷയസുഖം ആത്മസുഖം ആത്മസുഖം എല്ലാവർക്കും സിദ്ധാണ് നമ്മൾ ദിവസം സുഷുപ്തിയില് മനസ് ലയമായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് പറയുമ്പോൾ സുഖമായിരുന്നു എന്നെല്ലാവർക്കും അനുഭവം സുഖമഹാമസ്വാപ്സം കിഞ്ചിത വേദിഷ്യം വേറൊന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു ആ സുഖം എവിടുന്ന് വന്നു ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും അനുഭവിച്ചില്ല എന്നിട്ട് സുഖം വരുന്നു ആ സുഖം നമ്മളുടെ സ്വരൂപമാണ് സുഖം അനുഭവിച്ചു എന്നല്ല നമ്മൾ പറയണത് സുഖമായിരുന്നു ആ സുഖം നമ്മളിൽ തന്നെ ഉണ്ട് അതിനെ ബോധപൂർവം അനുഭവിക്കണമെങ്കിൽ ചിത്തം അടങ്ങണം യോഗം ഉണ്ടാവണം സാമ്യസ്ഥിതി ഉണ്ടാവണം മനസ്സിന് സാധാരണ ലയം വിക്ഷേപം കഷായം എന്നൊക്കെ ചില ദൂഷ്യങ്ങളുണ്ട് സാധാരണ മനസ്സ് വിക്ഷിപ്തമാണ് വിക്ഷിപ്തം എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളുടെ യൂഷ്വൽ എക്സാമ്പിൾ കേടുവന്ന റേഡിയോ പോലെ അതിനെ ഓഫ് ചെയ്ത് വെക്കാൻ ഒരു മെക്കാനിസവും നമ്മളുടെ കയ്യിലില്ല ചില റേഡിയോ ഓഫ് ചെയ്താലും പാടിക്കൊണ്ടേയിരിക്കും ഓൺ ഓഫില്ല അതിന് അതുപോലെ മനസ്സിന് നിർത്താനൊരു വഴിയില്ല ചിത്രവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു സ്വപ്നത്തിലും ചിന്തയാണ് നമുക്കും ഭ്രാന്തന്മാർക്കും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അവർ ഉള്ളിൽ വരുന്നതൊക്കെ പുറത്ത് പറയണം നമ്മൾ പറയണില്ല അത്രയേ ഉള്ളൂ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മൾക്കും ഒരു ഭ്രാന്തനെ കാണാം അപ്പൊ ചിത്തവൃത്തികൾ ധാരാളം പൊന്തിക്കൊണ്ടിരിക്കുന്ന തമിഴിലെ സ്വനം നാക്ക് പോലെ അവിടെ ഈ ഒരു പുത്രുകുളിന്റെ ഈശ പൂച്ചി വരാമാതിരി വന്നിട്ടേ ചിത്തവൃത്തി ഒരു ദ്വാരത്തിൽ നിന്നും ഈ ഉറുമ്പോ അല്ലെങ്കിൽ പാറ്റയോ ഒക്കെ പുറപ്പെട്ട് വരുന്ന പോലെ ചിത്രവൃത്തികൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടേ അതിനാണ് വിക്ഷേപം എന്ന് പേര് ഡിസ്ട്രാക്ഷൻ കോൺസ്റ്റന്റ് എന്താ പറയാ തിങ്കിങ് അല്ല കോൺസ്റ്റന്റ് തോട്ടിംഗ് തിങ്കിങ് എന്ന് വെച്ചാൽ വളണ്ടറി ആണ് ഇവിടെ തിങ്കിംഗ് ഒന്നുമില്ല തോട്ടിങ് ആണ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ചിത്രവൃത്തികൾ വന്നുകൊണ്ടിരിക്കുക അതിനാണ് മനസ്സ് ബഹിർമുഖമായ വസ്തുക്കളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിത്രവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കും വിക്ഷേപം എന്ന് പേര് വിക്ഷേപത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ ലയം ലയം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരിടത്ത് ലയിക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോകും അതുകൊണ്ടാണ് പലരും ധ്യാനിക്കുകയാണെന്നൊക്കെ വിചാരിക്കും സുഖമായി ഉറങ്ങിയിട്ടുണ്ടാവും ധ്യാനത്തിലാണെന്നൊക്കെ തോന്നും ഉറക്കം ചിലര് നാമജപമൊക്കെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കും രാത്രിത്തിരി ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും എന്താന്ന് വെച്ചാൽ വേറൊരു ചിത്തവൃത്തികളും ഇല്ലെങ്കിൽ ഉറക്കം ഭാഗവത മഹീപതിയുടെ തുക്കാറാം ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ രണ്ടു ദിവസമായിട്ട് അതില് തുക്കാറാം നാമജപിക്കാനിരിക്കുമ്പോ തലമുടിയിൽ ഒരു കയറ് കെട്ടിയിട്ട് മുകളിൽ ഒരു ഒരു ഇടത്ത് കെട്ടിയിടുകയാണും ഉറക്കം എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് തലയിങ്ങനെ വീണുപോയാൽ തലമുടി പിടിച്ച് വലിക്കുമ്പോൾ വേദനിക്കുമല്ലോ അതിനുവേണ്ടി എന്ന് ആ ലയത്തിൽ വീണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാമം അറിയാതെ മനസ്സ് ലയിച്ചുറങ്ങിപ്പോകും മനസ്സിന് സാധാരണ ഈ രണ്ടു വഴിയേ അറിയുള്ളൂ ഒന്നിൽ ചിന്തിക്കും ചിന്തിക്കുന്നത് പിടിച്ചു നിർത്തിയാൽ ലയിക്കും അപ്പൊ ലയം അനി അനിദ്രം ചിത്തവൃത്തികളില്ലാതിരിക്കണം ഉറങ്ങാതിരിക്കണം പക്ഷേ ചിലപ്പോൾ എന്താവും ചിത്തവൃത്തികളും ഉണ്ടാവില്ല കാര്യമായിട്ട് ഉറങ്ങുകയുമില്ല ഒരു ഡൾ സ്റ്റേറ്റ് ചിലർ പറയും എന്താണെന്നൊന്നുമില്ല ഒരു മൂഡ് ഓഫ് അതിനാണ് കഷായം എന്ന് പേര് അതായത് ഉള്ളില് എന്തോ ചില ദൂഷ്യങ്ങളുണ്ട് മനസ്സെങ്ങനെ ഡള്ളായിട്ടിരിക്കുകയാണ് താമസാണ് തമസ്സാണ് നയം വിക്ഷേപം കഷായം ഈ ഏത് ദൂഷ്യത്തിലും പെടാതെ ജാഗ്രതയോടെ ഇരിക്കുന്നു ചിത്തവൃത്തികളും ഉദിക്കുന്നില്ല പ്രശാന്തമായിട്ടിരിക്കുന്നു നിശ്ചലമായിട്ടിരിക്കുന്നു ശാന്തമായിട്ടിരിക്കുന്നു ഉള്ളില് അമൃതപ്രവാഹം ഉണ്ടാവുന്നു ആ ശാന്തിയുടെ അതാണ് യോഗസ്ഥിതി അതിന് യോഗം എന്ന പേര് അപ്പോ ചിത്തം ബാഹ്യസ്പർശത്തിൽ നിന്നും അസക്തമാവുമ്പോ ആത്മസുഖം അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ഉള്ളിൽ ഈ യോഗസ്ഥിതിയെ കാണും ഈ ആനന്ദത്തിനെ കാണും ഈ ശാന്തിയെ കാണും സ്വാത്മസുഖത്തിനെ കാണും തന്നിൽ തന്നെ ആനന്ദം അനുഭവിച്ചു തുടങ്ങും തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുഹൃതി ഹൃദയത്താമരയിൽ തേനുണ്ട് രമിക്കുന്നൊരു വണ്ടായിട്ട് ആ ചിത്തം ഹൃദയത്തിൽ രമിക്കുമെന്ന ആത്മനീയത്സുഖം വിന്തതേ സബ്രഹ്മയോഗയുക്താത്മാം അതാണ് ബ്രഹ്മയോഗം എന്ന് പേര് അധ്യാത്മയോഗം ബ്രഹ്മയോഗം എന്നൊക്കെ പേര് പുറമേക്കുള്ള മനസ്സിനെ ഉള്ളിൽ അന്തർമുഖപ്പെടുത്തി ഭഗവത് സ്വരൂപത്തിൽ വയ്ക്കുകയാണ് അപ്പൊ അവിടെ ആ ഭഗവത് ആനന്ദം ഭഗവത് ഭക്തി ഹൃദയത്തിൽ ഏർപ്പെടുമ്പോ അതിന് ഭഗവത് ഭക്തിയോഗമെന്നോ ബ്രഹ്മയോഗമെന്നോ അധ്യാത്മയോഗമെന്നോ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ സ ബ്രഹ്മയോഗയുക്താത്മാ അക്ഷയം സുഖം അശ്ണു ക്ഷയിക്കാത്ത സുഖം അയാൾ എടുത്താൽ തീരാത്ത സുഖം അനുഭവിക്കുന്നു വറ്റാത്ത ഉറവിടമാണ് ആനന്ദത്തിന്റെ എന്നാണ് അത്തരത്തിൽ തന്നിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവന് പിന്നെ സല്ലഗീ പല്ലവപ്രീതം വിവേഭം നിമ്പ പല്ലവാഹ ആനയ്ക്ക് നല്ല മധുരമായ കരുമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൈപ്പുള്ള ചെടികളും ഒറ്റമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആന പിന്നെ തിന്നില അതുപോലെ ഹൃദയത്തിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറമേക്കുള്ള ക്ഷുദ്രമായ വിഷയങ്ങളിൽ മനസ്സ് പോയി രമിക്കില്ല ആത്മസുഖം അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞ ചിത്രം സഹജമായിട്ട് അവിടെ ചെന്ന് നിൽക്കും അതുകൊണ്ടാണ് രമണ ഭഗവാൻ അരുണാചല അക്ഷരമണുമാലയിൽ ഒരു പാട്ടിൽ പറയണം അരുണാചല ഈ ചിത്രം ലോകത്തിലും മുഴുവൻ അലയണതിന് കാരണം അതിന് ഭഗവത്സുഖത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഭഗവത്സുഖത്തിന്റെ ആ രുചി ഭഗവത് സൗന്ദര്യം അലൗകികമായ സൗന്ദര്യം അലൗകികമായ സുഖം അതിനെ കാണിച്ചു തന്നാൽ പിന്നെ എന്റെ ചിത്രത്തിനെ പുറമേക്ക് തള്ളിവിട്ടാലും അത് പോവില്ല ഊർചുറ്റുളം വിടാതെ ഉനൈക്കണ്ട് അടങ്ങിട ഉന്നഴകൈക്കാട്ടെന്ന റുണാച്ചലാണ് സഹജമായിട്ട് ചിത്തം ഹൃദയത്തിൽ വന്നിരിക്കണം എപ്പോ ഹൃദയത്തിലെ എപ്പോ സുഖം അനുഭവിക്കുന്നുവോ ഹൃദയത്തിലെ എപ്പോ ഈശ്വരാനന്ദം ഭഗവത് ആനന്ദം അനുഭവിക്കുന്നുവോ അപ്പൊ ആ സഹജ സുഖം സഹജാനന്ദം കിട്ടിക്കഴിയുമ്പോ പിന്നെ തള്ളിവിട്ടാലും ചിത്രം പുറത്തു പോവില്ല എന്തിനെ കാണിച്ചാലും പോവില്ല അവർക്ക് ബാക്കിയൊക്കെ ക്ഷുദ്രമാണ് അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ മുമ്പിൽ ജ്ഞാനികളുടെ മുമ്പിൽ ചക്രവർത്തികൾക്കുടെ സുഖം പോലും ക്ഷുദ്രമായി പോകുന്നത് സ്വാമി രാമതീർത്ഥൻ അമേരിക്കയിൽ പോയിരുന്നു രാമതീർത്ഥ സ്വാമി നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞയച്ചിട്ട് പോയതാണ് അവിടെ അമേരിക്കൻ പ്രസിഡന്റ് അന്ന് പ്രസിഡന്റ് റൂസ് വേൾട്ട് സ്വാമി രാമതീർത്ഥനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി അപ്പൊ രാമതീർത്ഥസ്വാമി എപ്പോഴും തന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന് പറയില്ല രാമ എന്നേ പറയുള്ളൂ അപ്പോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസൊക്കെ കുറച്ചുപേർ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ കാണാൻ വരികയാണ് നിങ്ങൾ തമ്മിലുള്ള ആ മീറ്റിങ്ങിലെങ്കിലും നിങ്ങൾ ഈ രാമ രാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് എല്ലാവരെയും പോലെ ഞാനെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു രാമതീർത്ഥസ്വാമി പറഞ്ഞില്ല ആ മീറ്റിങ്ങില് രാമ എന്ന് പറയുന്നതിന് പകരം എംപറർ റാമി ചക്രവർത്തിയായ രാമൻ എന്ന് സ്വയം തന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി ചക്രവർത്തിയായ രാമതീർത്ഥൻ കുറെ കഴിഞ്ഞപ്പോൾ ആ പ്രസിഡന്റ് തമാശായിട്ട് ചോദിച്ചു നിങ്ങൾ ഏത് രാജ്യത്തിന്റെ എംപറാണ് രാമായുഷ് ദ എംപറർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് പ്രപഞ്ചത്തിനും മുഴുവൻ ചക്രവർത്തിയാണ് നിങ്ങളുടെ സാമ്രാജ്യം തൽക്കാലത്തേക്ക് മാത്രമാണ് അഞ്ചു വർഷത്തെ കഴിഞ്ഞാൽ പോയിപ്പോകും എന്റെ സാമ്രാജ്യം നഷ്ടപ്പെടുകയേയില്ല അക്ഷയോ വൈ അക്ഷയോ ലോക ഒരിക്കലും ക്ഷയിക്കാത്ത ലോകമാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത സാമ്രാജ്യമാണ് എന്റെ സാമ്രാജ്യത്തിൽ ഒരിക്കൽ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുകയേയില്ല സഹൃദ്വിഭാതോയം ബ്രഹ്മലോക ഒരിക്കൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്തമിക്കാത്ത സൂര്യോദയമാണ് അവിടെ ആ സാമ്രാജ്യത്തിന് ഞാൻ അധിപതിയാണ് ആഗ്രഹമുള്ളവൻ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ അടിമയാണ് അധ്യാത്മലോകത്തിലുള്ള നിയമങ്ങളൊക്കെ വളരെ വിചിത്രമാണ് ഒരു വസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ആ വസ്തു നമ്മളുടെ ആവുന്നതിന് പകരം നമ്മളാണ് ആ വസ്തുവിൻ്റെ ആവണത് പ്രത്യേകിച്ച് ജഡവസ്തുക്കൾ ഒരു കാറ് ഞാൻ വാങ്ങുമ്പോൾ എന്റെ കാറ് എന്ന് ഞാൻ പറയണമെങ്കിലും വാസ്തവത്തിൽ കാറിൻ്റെയാണ് ഞാൻ എന്റെ അല്ല കാറ് എന്തുകൊണ്ടൊന്ന് പറയാം കാറിന് എന്നോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ അയാളുടെ കൂടെയും പോവും അയാൾക്കും ഇറ്റ് വിൽ സെർവ് ഹിം ഓൾസോ അയാൾ ഓടിച്ചാലും കാർ ഓടും അതിന് എന്നോട് അറ്റാച്ച്മെന്റ് ഇല്ല ഞാൻ യജമാനനാണെന്നൊന്നും അതിന് വിചാരമില്ല പക്ഷേ അത് പോയി കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും ഞാൻ കരയും എനിക്ക് വിഷമമുണ്ടാവും അതിനെന്തെങ്കിലും കേടുപാട് പറ്റിയാൽ എനിക്ക് വിഷമമുണ്ടാവും അതിനെ ആരെങ്കിലുമൊക്കെ സ്തുതിച്ചാൽ എനിക്ക് സന്തോഷമുണ്ടാവും എല്ലാ വിധത്തിലും ഞാൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ലാതെ അതെന്നെ ആശ്രയിച്ചിട്ടില്ല ഞാനാണ് അതിന്റെ ജടവസ്തുക്കൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഒരു നായിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുമല്ലോ നായെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ നായ എന്നെ പിടിച്ചിരിക്കണോ ഞാൻ നായിനെ പിടിച്ചിരിക്കണോ പശു പശുവിനെ ചിലരെ അഴിച്ചുവിടും വാസ്തവത്തിൽ പശുവിനെ നമ്മളെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നത് പശുവാണ് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പശുവിന്റെ കയ്യിലാണ് നമ്മൾ പശുവിന് നമ്മളുടെ കൂടെ വരണമെന്നൊന്നുമില്ല ചിലപ്പോ പശു നാട് നിങ്ങൾ ഓടും കാണാൻ ആളുകൾ പശുവിന്റെ പുറകൊക്കെ തെരഞ്ഞുകൊണ്ട് പോണത് പശുവിന് നമ്മളുടെ കൂടെ വരണമെന്നൊന്നുമില്ല അതേപോലെ ഏത് വസ്തുവിനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റേതാവും അപ്പൊ രാമതീർത്ഥസ്വാമി പറയണത് എനിക്ക് ഒരു വസ്തു ലോകത്തിലൊന്നും എന്റേതായിട്ടില്ല ഒന്നും ശരീരമടക്കം ഒന്നും ഞാനാണെന്നോ എന്റേതാണെന്നോ ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് എന്റെ സാമ്രാജ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല കാരണം എനിക്ക് ഈ ഭൗതിക മണ്ഡലത്തിൽ ഒരിടത്തും സാമ്രാജ്യമില്ല ആത്മാവാണെന്റെ സാമ്രാജ്യം ആ സാമ്രാജ്യം കണ്ടെത്തിയതോടുകൂടെ സസ്വരാട് ഭവതി ഞാൻ സ്വാരാജ്യം കണ്ടെത്തിയിരിക്കുന്നു നഷ്ടപ്പെടാത്ത സാമ്രാജ്യം കണ്ടെത്തിയിരിക്കുന്നു നഷ്ടപ്പെടില്ല അക്ഷയം സുഖമാണെന്നാണ് അതുകൊണ്ട് ചക്രവർത്തിയാണ് രാമൻ എന്നാണ് അത് പറഞ്ഞു കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു അത്ര പ്രസിഡന്റ് പറഞ്ഞു ശരിയാണോ നിങ്ങളാണോ ശരിക്കും ചക്രവർത്തിനാവും ഞങ്ങളുടെ സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങയുടെ സാമ്രാജ്യം നഷ്ടപ്പെടില്ല അതാണ് വിശ്വാമിത്രൻ പറഞ്ഞത് വസിഷ്ഠനെ എങ്ങനെയെങ്കിലുമൊക്കെ പരാജയപ്പെടുത്തണമെന്ന് ശ്രമിച്ച് പലവിധത്തിലും ശ്രമിച്ചു തന്റെ പടയൊക്കെ കൊണ്ടുവന്നു വസിഷ്ഠന്റെ കയ്യിൽ നിന്നും സുരഭിയെ പിടിച്ചെടുത്തുകൊണ്ടു പോകാൻ നോക്കി രാജാവായിരുന്നപ്പോ വിശ്വാമിത്രൻ അനേകം സൈന്യം കൊണ്ടുവന്ന് നിർത്തിയിട്ടും യുദ്ധം ചെയ്തിട്ടുമൊക്കെ വസിഷ്ഠൻ തന്റെ യോഗതണ്ട് മുമ്പിൽ അങ്ങോട്ട് വെച്ചാൽ വിശ്വാമിത്രൻ അയക്കുന്ന അസ്ത്രങ്ങളും എല്ലാം അതിൽ അസ്തമിച്ചു പോയി ചെയ്തിട്ട് ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വസിഷ്ഠന്റെ നേരെ പ്രയോഗിച്ചു ആ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഭസ്മമായി പോയി ഒന്നും പ്രയോജനപ്പെട്ടില്ല എത്ര ശ്രമിച്ചിട്ടും തന്റെ പവർ തന്റെ വിൽപ്പവർ തന്റെ ഒന്നും അവിടെ പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു ധിക് ക്ഷാത്രബലം ബ്രഹ്മതേജോ ബലം ബലം ധിക് ക്ഷാത്രബലം ബ്രഹ്മതേജോബലം ബലം ഈ ക്ഷത്രിയ ബലം ഒന്നിനും കൊള്ളില്ല എന്നാണ് ബ്രഹ്മതേജോബലം ബലം ബ്രഹ്മതേജസ് ആണ് ഏറ്റവും ബലമായിട്ടുള്ളത് എന്നിട്ടാണ് പിന്നെ ബ്രഹ്മ ഋഷി ആവണമെന്ന് പറഞ്ഞ് പുറപ്പെടുന്നത് അപ്പോ ആത്മാവിലെ സുഖം കണ്ടെത്തിയ ആൾക്ക് പുറത്തുള്ള സുഖമൊക്കെ തന്നെ ക്ഷുദ്രമാണെന്നാണ് കാരണം പുറത്തുള്ള സുഖം ക്ഷുദ്രമെന്ന് പറയാൻ കാരണം വരികയും പോവുകയും ചെയ്യും എപ്പോഴും നമ്മളെ സുഖിപ്പിക്കില്ല നിത്യനിരന്തരമായിട്ടിരിക്കില്ല ഒക്കെ അസ്തമിച്ചു പോകും അതുകൊണ്ടാണ് ഭഗവതാനന്ദത്തിനെ കണ്ടെത്തിയ ഭക്തന്മാരുടെ മുമ്പിൽ എന്തൊക്കെ ഭൗതിക പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വെച്ചാലും അവരതൊന്നും കണ്ടിട്ടൊന്നും വീണു പോവില്ല എത്രയോ മഹാത്മാക്കളുടെ കഥകൾ നമുക്കുണ്ട് ത്യാഗരാജ സ്വാമിയുടെ കഥയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുക്കാറാമന്റെ മുമ്പിൽ ശിവാജി മഹാരാജാവ് എല്ലാ ആഭരണങ്ങളും പല വസ്തുക്കളും കൊണ്ടുവന്ന് വെച്ചു തുക്കാറാമ സ്വാമി പറഞ്ഞു ഇതൊക്കെ വിഷമാണ് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കിട്ടിയാൽ വേണ്ടില്ല എന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ വിഷമാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാന് ഭജിക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് ഞങ്ങൾക്കിപ്പോ സുഖം കിട്ടണമെന്നില്ല സുഖം ഉള്ളിലാണ് അകമേക്കൊരു സുഖം കണ്ടെത്തിയവർക്ക് പുറമേക്കുള്ള സുഖമൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നതാണ് ആദ്യന്തവന്ത കൗന്തേയ ഖാദിയുണ്ട് അന്ധമുണ്ട് അതിനുവേണ്ടി ഉള്ളിലുള്ളതിനെ വിട്ടുകളഞ്ഞാൽ നിത്യമായിട്ടുള്ളതിനെ വിട്ടിട്ട് അനിത്യമായി ഏതിലെങ്കിലും ഏതിലെങ്കിലും നോക്കിക്കൊണ്ട് നിന്നുപോയാൽ ചിലപ്പോൾ ഉള്ളിലുള്ളത് നഷ്ടപ്പെട്ടു പോയി പോവും വെളിയിലുള്ളതൊട്ട് നിൽക്കുകയുമില്ല ഇതറിയുന്ന അറിവുള്ളവര് ദുഃഖിപ്പിക്കുന്നതായ വിഷയങ്ങളിൽ വാസ്തവത്തിൽ സുഖമില്ല എന്നുള്ളത് നല്ലവണ്ണം അറിയുന്നു ന സംസാര സുഖസ ഗന്ധമാത്രമേ അസ്തി ബുദ്ധ്യ വിഷയമൃഗതൃഷ്ണിന്ദ്രിയാണി നിവർത്തയത് എന്നാണ് ഭാഷ്യം ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കാം ശക്നോദീഹൈവസ്സോടും പ്രാക് ശരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സുഖീന ആരാണ് യോഗി ആരാണ് സുഖം കണ്ടെത്തിയിട്ടുള്ളവൻ വാസ്തവത്തിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവൻ ആരാണ് അതാണ് ഭഗവാനോട് പറയണത് ശക്നോതി ഇഹൈവയഹ സോടും പ്രാക് ശരീരവിമോക്ഷണാത് ജീവനേവയഹ പ്രസഹിത്തും ശരീരവിമോക്ഷണാത് പ്രാക്കും ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് മുമ്പ് തന്നെ ആരാണോ കാമക്രോധോത്ഭവം വേഗം സോടും ശക്നോ രാഗം ദ്വേഷം അത് തന്നെയാണ് കാമം ക്രോധം ആഗ്രഹമാണ് കാമം ക്രോധം ആഗ്രഹം നടക്കാതെ വരുമ്പോ ഉണ്ടാവുന്ന റിയാക്ഷനാണ് ക്രോധം അഥവാ ലൗകിക വിഷയങ്ങളോടുള്ള ആഗ്രഹം കാമം നമുക്ക് എതിർ നിൽക്കുന്ന ആളുകളോട് വരുന്ന വെറുപ്പ് ക്രോധം ഈ കാമവും ക്രോധവും എത്ര കണ്ട് അടങ്ങുന്നു അത്ര കണ്ട് നമ്മള് അധ്യാത്മികമായി പതുക്കെ പതുക്കെ പതുക്കെ മേലെ പോകുന്നു നമുക്ക് കാണാം അതാണ് അളവ് അവിടെ പുരോഗമിക്കാതെ നമുക്ക് എന്തൊക്കെ സമാധി ഉണ്ടാവുകയാണെങ്കിലും ധ്യാനം ഉണ്ടാവുകയാണെങ്കിലും ഭജനയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും നമ്മളുടെ മനസ്സ് ചഞ്ചലമായി സദാലൗകിക വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അധ്യാത്മവുമായി നമ്മൾ മേലെ പോകണമെന്ന് പറയാൻ വയ്യ ശരീരം വീണുപോകുന്നതിന് പ്രാക് ശരീരവിമോക്ഷണാത്ത് കാമക്രോധോദ്ഭവം വേഗം സോടും യഹാ ശക്നോത്തി സയുക്ത അവൻ യോഗിയാണ് സസുഖീനരഹ അവൻ വാസ്തവത്തിൽ സുഖം കണ്ടെത്തിയിട്ടുള്ളവനാണ് അനന്തനിമി സഹായി മരണം താവത് നശ്രംഭീയ കാ ഇന്ദ്രിയഗോചരപ്രാത്തെ ഇഷ്ടേ വിഷയ ശ്രൂയമാണേ സ്മര്യമാണേ വനുഭൂ സുഖഹേതൗ യാർ തൃഷ്ണ സാമ കോധ ആത്മന പ്രതികൂലു ദുഃഖഹേതുഷ ദൃശ്യമാനേഷ കാമധോദ്ഭവം വേഗം വേഗമ ചൽ ഉള്ളെന്ന് തള്ളിവിടുകയാണ് അർജുനൻ മറ്റൊരിടത്ത് ചോദിക്കുന്നു ഭഗവാനെ എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നിട്ട് ഞാൻ പലപ്പോഴും തെറ്റും പാപമൊക്കെ ചെയ്യണമല്ലോ കാരണം എന്താ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല എന്താണ് എന്നെ പാപം ചെയ്യിപ്പിക്കുന്നത് ഭഗവാൻ പറഞ്ഞു ഒരു സാത്താനൊന്നും കൊണ്ടുവന്നില്ല മറ്റു മതങ്ങളിലൊക്കെ അവര് പറഞ്ഞത് ഒരു സാത്താനുണ്ട് ാത്താൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഒരു സാത്താൻ എന്നാണ് പറഞ്ഞു ഈ സാത്താനാണ് മനുഷ്യനെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിക്കുന്നത് ദൈവമില്ലെങ്കിലും സാത്താനില്ലെങ്കിൽ ചില മതമൊന്നും നടക്കില്ല സാത്താനാണ് മനുഷ്യനെ കൊണ്ട് തെറ്റിച്ചേയിപ്പിക്കുന്നത് കാമക്രോധോദ്ഭവം ഭഗവാൻ ഇവിടെ പറഞ്ഞു കാമയേഷക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോമ മഹാപാത്മാവിധ്യേന മിക വൈരിണം ഉള്ളിലുള്ള കാമവും ക്രോധവുമാണ് നിന്റെ ശത്രുക്കളെ പുറത്ത് ശത്രുക്കളൊന്നുമില്ല ഹിരണ്യകശ്യപു പ്രഹ്ലാദനടുത്ത് വാളു എടുത്തുകൊണ്ട് എവിടെയടാ വിഷ്ണു എന്റെ ശത്രു എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ വളരെ സമസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അച്ഛ പുറത്തെവിടെയും ശത്രു ഇല്ല ശത്രു ഉള്ളിലിരിക്കണം ഉള്ളിലുള്ള ശത്രുവിനെ ജയിക്കാതെ ലോകം മുഴുവൻ ജയിച്ചിട്ട് എന്ത് കാര്യം സകലതും പിടിച്ചെടുക്കി അടക്കിയിട്ട് അകമേക്കുള്ള ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തു പ്രയോജനം കാമക്രോധ ലോഭശ് ദേഹേ തിഷ്ഠന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാത ജാഗ്രത ഒരു മഹാത്മാവ് പറഞ്ഞു അപഹാരം മോഷ്ടിച്ചുകൊണ്ടേ പോകുന്നു കള്ളന്മാര് നിരന്തരം മോഷണം നടത്തുന്നു എവിടെ മോഷണം ഉള്ളിലുള്ള ഖജാനാവില് കൊള്ള നടക്കാണ് കാമക്രോധശ്ച ലോഭശ്ചേഹേ തിഷ്ഠന്തി തസ്കരാഹ ശരീരത്തിന്റെ ഉള്ളിലും മൂന്ന് കള്ളന്മാരുണ്ട് അവരെന്തിനാ അപഹരിക്കണത് ജ്ഞാനരത്നാപഹാരായ ജ്ഞാനമാവുന്ന രത്നത്തിനെ അപഹരിച്ചുകൊണ്ടു പോവാണ് തസ്മാ ജാഗ്രത ജാഗ്രത ജാഗ്രതയായിട്ടിരിക്കും അവിടുത്തെ ആ കള്ളന്മാരെ വേണം ആദ്യം ഇല്ലാതാക്കാൻ ഉദ്വാസനം ചെയ്യാനായിട്ടും പുറത്ത് കള്ളന്മാരെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഉള്ളിലുള്ള ഈ കുഴപ്പം ഉള്ളത്തോളം കാലം മനുഷ്യന് പുറമേക്ക് എന്തൊക്കെ തന്നെ നേടിയാലും സുഖം ഉണ്ടാവില്ല ഇപ്പൊ വാസ്തവത്തിലെ വിദ്യാഭ്യാസം എന്താ മനുഷ്യന് ആന്തരികമായി എങ്ങനെ സുഖമിരി സുഖമായിരിക്കാം ശാന്തമായിരിക്കാം എന്ന് ആന്തരികമായ ശാന്തിക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടതാണ് വിദ്യാഭ്യാസം വിവേകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുത്തു ഇറ്റ്സ് ടു മാനിഫെസ്റ്റ് ദ ഇന്നർ പെർഫെക്ഷൻ ഇന്നർ ഡിവിനിറ്റി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർണ്ണതയെ പുറമേക്ക് കൊണ്ടുവരാനും നമ്മളുടെ തന്നെ ശരീരത്തിലും മനസ്സിലും പ്രാണനിലുമുള്ള ശക്തിയൊക്കെ സ്വാംശീകരിച്ച് സ്വനിയന്ത്രണം ശീലിക്കാനും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രിയത്തിനെ ഭക്തിയാക്കി മാറ്റാനും ആനന്ദമാക്കി മാറ്റാനും അഹങ്കാരത്തിന് ഭഗവതർപ്പണം ചെയ്യാലും ഒക്കെ ശീലിച്ചാൽ ആ ജീവനെ എല്ലാറ്റിനേക്കാളും വലിയ വിജയമുണ്ട് പുറമേക്ക് നഷ്ടം കൂടി വരുത്തിയിട്ടും ഭക്തന്മാരായിട്ടുള്ളവര് അകമയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുക നിരന്തരം ഈ വിജയം പാലിക്കാനായിട്ട് ഈ വിജയം വരിക്കാനായിട്ട് പുറമേക്ക് എന്തൊക്കെ തന്നെ നഷ്ടം വരട്ടെ അവർക്ക് നിത്യനിരന്തര പരിശ്രമം എന്താ ഹൃദയത്തിൽ ഭഗവാനെ പിടിച്ച് ഇരുത്തണം പ്രണയരശനയാതാഘ്രി പത്മ പ്രേമമാവുന്ന പട്ടുനൂലുകൊണ്ട് പിടിച്ച് ഹൃദയത്തിൽ കെട്ടിയിടണമെന്നാണ് ഇനി ഓടിപ്പോവാൻ പാടല്ല ഭഗവാൻ നിത്യനിരന്തര ഭഗവത് അനുഭവം നേടിയെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഭക്തന്മാർ ഭാഗവതന്മാർ അവർക്കൊറ്റ ശ്രദ്ധയേ ഉള്ളൂ ശരീരം വീണു പോകുന്നതിന് മുമ്പ് മനസ്സ് പൂർണ്ണമായി ശാന്തമാവണം അപ്പോഴേ ഭഗവത് അനുഭവം ഉണ്ടാവുകയുള്ളൂ മനസ്സ് ഭഗവത് അർപ്പിതമാവണം മനസ്സടങ്ങണം ശമുണ്ടാവണം അപ്പോഴാണ് ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുക എന്നറിയണതുകൊണ്ട് അവര് നിരന്തരം ആ ആന്തരിക ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശരീരം വീഴുന്നതിന് മുമ്പെങ്കിലും ഭഗവാൻ ഒരു വെരി ലോങ് റൂപ്പ് ഈ ഗെയിം വെരി ലോങ് റൂപ്പ് കുറച്ച് പതുക്ക മതി എന്നാണ് ശനൈഹി ശനൈഹി ഉപരമേ ഭഗവാൻ നമ്മളുടെ ദൗർബല്യമൊക്കെ അറിയാം അതുകൊണ്ട് ആളുകളൊക്കെ പറയും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കോ അപ്പൊ ഭഗവാൻ പറയണ കുറേ ശ്രമിക്കൂ പതുക്കെ പതുക്കെ ശ്രമിക്കൂ മരണത്തിന് മുമ്പ് എത്ര ജയിച്ചു അത്രയായില്ലോ അല്ലെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുമെന്നാണ് ഒരു കുട്ടിയെ സ്കൂളിൽ പാസാക്കാൻ ശ്രമിച്ചു ടീച്ചർമാര് പാവം കുറേ വർഷമായിട്ട് പഠിക്കുന്നു പത്ത് ഒമ്പതാം ക്ലാസ്സിലെ അപ്പൊ പത്താം ക്ലാസ്സിലേക്ക് എങ്ങനെയെങ്കിലും ആക്കിവിടണം നല്ല ഫുട്ബോൾ പ്ലെയറാണ് അപ്പോ ഹെഡ് മാസ്റ്റർക്ക് വലിയ ഇഷ്ടമാണ് ചെക്കനെ അപ്പോ ടീച്ചർമാര് പറഞ്ഞു ഇവനെ പാസാക്കാൻ ഒരു വകുപ്പും കാണാനല്ലേ എന്തെങ്കിലും ഒരാ ഒരു കാര്യം ശരിയായിട്ട് എഴുതിയാലല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നും എഴുതണില്ല അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയെങ്കിലും എന്നെ കുട്ടപ്പനെ പാസ്സാക്കണം ആ പേര് മാറ്റി പറഞ്ഞു അത്രയുള്ളൂ റീഡേഴ്സ്റ്റേജിസ്റ്റിൽ കൊണ്ടുവന്നിരുന്നൊരു ജോക്ക് കഥയാണ് എങ്ങനെയെങ്കിലും പാസ്സാക്കണം അപ്പൊ അവർ പറഞ്ഞു ലെറ്റ് ഇംസ് റൈറ്റ് ഓൺ എ സബ്ജക്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതട്ടെ എന്നാണ് ഹെഡ് മാസ്റ്റർ ചെക്കനെ പിടിച്ചിരുത്തിയിട്ട് വളരെ നിർബന്ധിച്ച് പറഞ്ഞു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നീ ഒരു ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ മതി പാസ്സാക്കി വിടാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ടീച്ചർ അടുത്തു വന്നിരുന്നു അവൻ പറഞ്ഞു പറ്റില്ല അവന് പാസ്സാവാൻ ഒന്നും ഉദ്ദേശവുമില്ല ഹെഡ് മാസ്റ്റർ കാണോ പാവം ഈ ചെക്കനെ എങ്ങനെങ്ങനെ പാസ്സാക്കി വിടണമെന്നാണ് ശരി വേണ്ട ഒരു പാരഗ്രാഫ് എഴുതുമെന്ന് നോക്കും അവനൊക്കെ ശ്രമിച്ചു നോക്കി ഒന്നും എഴുതാൻ പറ്റുന്നില്ല ശരി ഒരു സെന്റൻസ് എഴുതുമെന്ന് പറഞ്ഞു പറഞ്ഞു അതും പറ്റില്ല ലെറ്റ് യം റൈഡ് വൺ വേഡ് ഒരു വാക്ക് എഴുതിയ പാസ്സാക്കി വിടാന്ന് പറഞ്ഞു ഇംഗ്ലീഷ് മാഷർ ശരി എന്താ എഴുത അപ്പൊ കാപ്പി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞു അപ്പോ കുട്ടപ്പ നോക്കി എഴുതു പറഞ്ഞു അയാൾ ആദ്യം കെ എന്ന് എഴുതി അല്ല സൂക്ഷിച്ച് അപ്പൊ പറഞ്ഞ ഇംഗ്ലീഷ് ഭക്ഷണം പറഞ്ഞു പറഞ്ഞില്ലേ നോക്കൂ ആദ്യത്തെ തന്നെ അക്ഷരം നോക്കൂ അല്ല ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും എഴുതുമോ നോക്കാതെ വന്നു പിന്നെ ഹി ഗെയിം ഔട്ട് വിത്ത് എ അപ്പൊ പിന്നെ ഹെഡ് പറഞ്ഞു നോക്കി എഴുതു കാഫിയാണ് പിന്നെ യു പിന്നെ പിന്നെ എച്ച് പിന്നെ വൈ പാസ്സാക്കി വിട്ടുത്രേ എന്താന്ന് വെച്ചാ കൗപിന്ന് ശബ്ദം വന്നില്ലേ പക്ഷെ ഒരക്ഷരം പോലും കാഫിയുടെ ഇല്ല എന്നാണ് ഒരക്ഷരം പോലും കാഫി എന്നുള്ള വാക്കിന്റെ ഒരക്ഷരം പോലും അതിലില്ലാതെ മാർക്ക് കൊടുത്ത് പാസ്സാക്കി വിട്ടു അതുപോലെയൊക്കെ ചെലപ്പോ ഭഗവാന്റെ കാരുണ്യം വേല ചെയ്തിട്ട് നമ്മളെയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് ഒന്ന് കടത്തിവിട്ടാ വേണ്ടിയിട്ടാന്നുണ്ടോ നമുക്ക് നമ്മളുടെ യോഗ്യത നോക്കിയിട്ടല്ല യോഗ്യത നോക്കിയപ്പോ കാണു അപ്പോ പ്രഭുസ്വം ദീന പരമബന്ധു പശുപത്തെ പ്രമുഖ്യോഹാമിതന്ധുനോ ത്യൈ കിവ മദപരാധാശ സകലാ പ്രയത്നത് കർത്തവ്യം മദവനമിം ബന്ധുസരണി മാസ്റ്റർ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ സ്വന്തത്തിൽ വന്ന ആളാണെങ്കിൽ പിള്ളേർ പറയില്ലേ നമ്മൾ സ്വന്തക്കാരാണെന്ന് ഒന്ന് പാസാക്കി കൊടുമെന്ന് പറയണ പോലെ ഭഗവാനോട് പറയണം അങ്ങക്ക് എനിക്കും സ്വന്തമുണ്ട് നിത്യസംബന്ധമുണ്ട് എന്നെ എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തി കൊടുമെന്നാണ് അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ മരണത്തിന് മുമ്പെങ്കിലും നമ്മളുടെ യോഗ്യതയൊക്കെ കണക്ക് വെച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ പറ്റില്ലെങ്കിലും ശ്രമിച്ചുകൊണ്ടേ പോവുക അപ്പോ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോ കുറേ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോ കുറെ കഴിയുമ്പോ നമ്മൾ എത്ര കാലമായി ശ്രമിക്കുന്നുവല്ലോ പരാജയപ്പെടുന്നുവല്ലോ എന്ന് തോന്നുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അകത്തൊരു പുതിയ ഒരു വെളിച്ചം നമ്മൾ കാണും തോടുകളിലൂടെ പോയി പോയി പോയി പോയി ഇടയിൽ വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത് കാണും ധാരാളം തോടുകളുള്ള സ്ഥലമാണ് കേരളം പണ്ടൊക്കെ തോടിലൂടെ നീന്തി നീന്തി നീന്തി പോകുമ്പോ ഇടയിൽ വെച്ച് നോക്കുമ്പോ വെള്ളം സ്വഭാവം മാറും അതായത് ഈ തോട് കൈവഴിയാണ് പോയിട്ട് നദിയിലേക്ക് കടന്നിരിക്കും അതുപോലെ ഈ പ്രവർത്തിച്ചുകൊണ്ടേ സാധകൻ ഒരു ഘട്ടത്തിൽ കൈവഴികൾ പോയി നദിയിലെത്തുന്ന പോലെ ഭഗവത് കൃപാശക്തിയുടെ ഒഴുക്കിലേക്ക് അവൻ വീണു തന്റെ പരാജയം തന്നെ തന്റെ വിജയവുമായി തീരുന്നതും കാണും അതായത് പരാജയം അധ്യാത്മസാധനയിൽ നമ്മൾ വിചാരിക്കുന്നത് അധ്യാത്മസാധനയിൽ ജയിക്കണമെന്നാണ് പക്ഷേ ജയമല്ല അതിൽ നമ്മൾ പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട് ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കും ഈ പരാജയപ്പെടുന്നവൻ ഞാനല്ല ഈ പരാജയപ്പെടപ്പെടുന്നവന്റെ പരാജയം എന്റെ പരാജയവുമല്ല അവൻ നിശേഷമില്ലാതാവുന്നതിലാണ് ജയമെന്ന് അകമയ്ക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവുമ്പോ ശാന്തി ഉണ്ടാവും അപ്പൊ കാമം ക്രോധം ലോകം മോഹം മതം ആത്സര്യം എന്ന് പറയുന്ന തന്നെ ഈ അഭിമാന അഹംവൃത്തിയുടെ പ്രഥമ ശാഖകളാണെന്നും അതിൽ നിന്നും തുടർന്ന് അനന്തമായിട്ട് വരുന്ന പ്രബലമായ ശാഖകളാണെന്നൊക്കെ നമ്മൾ കാണുമ്പോ പതുക്കെ പതുക്കെ ഈ അഹങ്കാരം അടങ്ങുമ്പോ തന്നെ കാമക്രോധാദികളൊക്കെ അടങ്ങും ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ജയിക്കുമെന്നല്ലാതെ നമ്മളുടെ ശക്തി കൊണ്ടല്ല ആത്മകൃപ കൊണ്ട് ആത്മാവിന്റെ കൃപാശക്തി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം നമ്മളല്ലാത്തതായ ഒരു ഹയ്യർ പ്ലെയിനിൽ നിന്നും ഒരു ശക്തി വന്ന് ൾ മെനക്കെട്ട് വിഷമിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ച് ജയിക്കാൻ സാധിക്കാതെ വന്ന കാര്യങ്ങളെയൊക്കെ അടക്കി വശപ്പെടുത്തി അനുകൂലമാക്കി തരുന്നത് നമ്മൾ കാണും ആ സ്ഥിതിയിലേക്ക് എത്തുന്നവരെ ഈ ജീവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഭക്തന്മാരുടെ പാട്ടുകളിലും കൃതികളിലും ഒക്കെ ഭഗവാനെ മനസ്സടങ്ങുന്നില്ലല്ലോ ഞാൻ തോറ്റുപോയി എനിക്ക് സത്യം നേട ഭഗവാനെ നേടാൻ പറ്റിയില്ല ഭഗവാൻ എന്നെ വിട്ടുപോയി അല്ലേ ഗോപസ്ത്രീകൾ ഭാഗവതത്തിൽ കൃഷ്ണൻ മറഞ്ഞുപോയപ്പോ കരയുന്നതൊക്കെ അതുകൊണ്ട് ദുസഹ പ്രേഷ്ഠവിരഹ തീവ്രതാപധുതാശുഭാഹ കൃഷ്ണനെ വിളിച്ച് വിളിച്ച് കരയോ ഒക്കെ ചെയ്ത അവസാനം എന്താ ദാസാം ആവിരഭൂത് ശൗരിഹി സ്മയമാന മുഖാംബുജ അവരുടെ മുമ്പിൽ ഭഗവാൻ ആവിർഭവിച്ചു എപ്പോ ഞങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് കഴിഞ്ഞ് അവർ ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ ആവിർഭവം അപ്പൊ ആ ശരണാഗതി വരെ ഈ ജീവാഹന്ത തുടർന്നു നിൽക്കും ആ ജീവാഹന്ത അടങ്ങുമ്പോഴാണ് ആത്മാനുഭവം ഉണ്ടാവുന്നത് ജീവാഹന്ത അടങ്ങുന്നവരെ ജീവാഹന്ത പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും ജീവാഹന്ത അടങ്ങുമ്പോ ആത്മാനുഭവം ഉണ്ടാവും അതാണ് അതുവരെ അപ്പോഴാണ് ഇവന് കാമക്രോധോദ്ഭവം വേഗമൊക്കെ തന്നെ അകമേ ശമിച്ചു പോവുകയും ആത്മാവിന്റെ സുഖം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നത് ഉള്ളിലുള്ള വാസനകളൊക്കെ ക്ഷയിക്കുമ്പോ വിഘ്നം കൂടാത്ത ആത്മാനുഭവം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ എന്ന് വിവേക ചൂടാമതി ആത്മാനുഭൂതി ഉണ്ടാവും യഥാ യഥാ പ്രത്യേകവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാ നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശശശൂന്യ എപ്പോ എപ്പോ മനസ് പോയിരൂപധ്യാനത്തിൽർപ്പെടുന്നു അപ്പോഴൊക്കെ വാസനാക്ഷയമുണ്ടാവും വാസനാക്ഷയം നിശേഷമായി ഏർപ്പെടുമ്പോ പ്രതിബന്ധമില്ലാത്ത ആത്മാനുഭവം ഉണ്ടാവും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം യോന്തസുഖോന്തരാരഹമഹർജ്യോതിരേവയം സോണഭൂതോധി യഹസുഖർജ്യോതിനിർണം ൂ അധിഗത്തി അന്തസ്സുഖത്മനി സുഖം യസ്സുഖം കീടാറാമ തത്മനിവ്യോതി പ്രകോയജ്യോതിനിർണം ബ്രഹ്മണി നിവൃത്തി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 ഉപനിഷത്ത് അങ്ങനെ ജ്ഞാനികളെ വാഴ്ത്തുമ്പോ പറയുന്നു ആത്മാ പുരസ് ആത്മാ പശാ ആത്മാക്ഷിണത ആത്മോത്തരദ ആത്മീവേദം സസ്വരാട്തി സ ആത്മക്രീഡ ആത്മിഥുന ആത്മാനന്ദ ആത്മീ ആത്മുന ആത്മാനന്ദ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 കണ്ണടച്ചിരുന്നാലും കണ്ണു തുറന്നിരുന്നാലും ഒക്കെ സമം തന്നെ അയ്യോ അന്തർസുഖ അന്തരാരാമഹ തഥാ അന്തർജ്യോതി അയാൾക്ക് അറിവ് എവിടെയാ ഉള്ളിൽ തന്നെയാണ് പുറത്ത് ഒരു അറിവിനെയും അയാൾക്ക് ആശ്രയിക്കേണ്ട ഒരു പുസ്തകവും അയാൾക്ക് വേണ്ട ഒരു പ്രമാണവും അയാൾക്ക് വേണ്ട വാഗ് വിവൃതാശ്വേദാഹ ശ്രുതി പറയണത് വായി തുറന്നാൽ വേദമാണെന്നാണ് അയാൾക്ക് വേദമെന്ന് പറഞ്ഞ് ഇനി ഒരു പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല വാഗ് വിവൃതാശ്വേദാഹം ബാഹ്യമായി വേദമെന്ന് പറഞ്ഞ് ശാസ്ത്രമെന്ന് പറഞ്ഞ് കാണാതെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേദാനഭിസന്യസ്യതി ലോകാൻ സന്യസ്യതി അയാള് വേദത്തിനെയും കടന്നുപോയി നിസ്ത്രൈഗുണ്യോഭവാർജുന വാഗ്വിവൃതാശ്ര വേദാഹ വായു തുറന്നാൽ വേദമാണ് കാരണം എന്താ അവിടെ മനസ്സില്ലാത്തതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും എന്തു വരുന്നുവോ അത് വേദമായിട്ട് മാറുക അപ്പോ അന്തസ്സുഖാം അന്തരാരാമഹാം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 ആ അഗ്രഹാർ തെരുവിൽ ഇങ്ങനെ എന്തോ അന്വേഷണം നടക്കേണ്ടത് അപ്പൊ ഒരാൾ ചോദിച്ചു എന്താ അന്വേഷിക്കണം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ ഒരു മോതിരണ്ടായിരുന്നു ഇവിടെ എവിടെയോ വീണു അത് അന്വേഷിക്കാണ് അവര് കുറച്ചു നേരം അവരും കൂടെ ചെന്ന് നോക്കി പിന്നെ കിട്ടിയില്ല അവർ പോയി വരുന്നവരൊക്കെ ചോദിക്കുകയും ഇയാളുടെ കൂടെ തെരയുകയും ചെയ്തു കുറെ വൈകുന്നേരം ആവുന്നവർ അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക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 അതാണ് ഞാൻ നിങ്ങളോടും പറയണത് നിങ്ങൾ അന്വേഷിക്കണ സുഖം അല്ലെങ്കിൽ ബ്രഹ്മം എന്തൊക്കെയോ ശാസ്ത്രത്തിലൊക്കെ പറയണമല്ലോ നിങ്ങളൊക്കെ ചർച്ച ചെയ്യണമുണ്ടല്ലോ ആ വസ്തു ഉള്ളിലാണോ ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ പ്രകാശമില്ല നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം പക്ഷെ നിങ്ങൾക്ക് പുറമേക്കാണ് പ്രകാശം ഉള്ളതെന്ന് വെച്ചിട്ട് പുറമേക്ക് അത് കിട്ടുമോ ഉള്ളിൽ പ്രകാശമില്ലെങ്കിൽ ഉള്ളിൽ പ്രകാശം കൊണ്ടുപോയി അന്വേഷിക്കണമെന്നല്ലാതെ നിങ്ങൾക്ക് പുറമേക്ക് പ്രകാശം ഉണ്ടെന്ന് വിചാരിച്ച് ഇവിടെ അത് കിട്ടില്ല അന്തർജ്യോതിരേവയ ഉള്ളിൽ അന്വേഷിച്ച് വേണം കാണാൻ ഒരു അവതൂത് ഒരു സിദ്ധൻ ശിവവാക്യർ എന്ന തമിഴ് സിദ്ധൻ അദ്ദേഹം കുറേ ദിവസമായി ഒരാളെ കണ്ടുകൊണ്ടിരുന്നു അയാൾ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആലുമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും ശിവലിംഗത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും എന്തൊക്കെയോ മന്ത്രം ജപിക്കുന്നുണ്ട് കുറേയൊക്കെ ജപിക്കുന്നുണ്ട് കുറെ കാലമൊക്കെ ഉണ്ടാതിരുന്നു കുറെ കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇയാളുടെ സ്വഭാവമൊന്നും മാറണമില്ല ശാന്തി ഉണ്ടാവണമില്ല ഒരു ശിവലിംഗത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് എന്തോ മുണമുണും ജപിക്കേണ്ട അത് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടും പല വിധത്തിലും ആവും അപ്പോ ഈ ശിവവാക്യർ അയാളോട് ചോദിക്കുകയാണ് നട്ടക്കല്ല് പേശുമാൻ ആഥനുള്ളിരുക്കയിൽ ചുറ്റി വന്ത് മുണുമുണുന്ന് ചൊല്ലും മന്ത്രമേതട ചു ചുട്ട ചട്ടി അറിയുമോ വളരെ ശക്തമായ വാക്കാണ് നട്ടക്കല്ല് പേശുമാൻ ആഥനുള്ളിരുക്കയിൽ ണു മുണുന്ന് ചൊല്ലും മന്ത്രമേതടാം ഈ നട്ടുവെച്ച കല്ല് വർത്തമാനം പറയൂ നാഥനുള്ളിരുക്കയിൽ വന്തു മുണു മുണുന്ന് ചൊല്ലും മന്ത്രമേതടാം എന്തോ മുണുണെന്ന് എന്തോ എന്ന് പറയണ്ടല്ലോ എത്ര കാലമായി പരിപാടി തുടങ്ങിയിട്ട് അപ്പൊ വളരെ ശക്തമായി പറയ ഉള്ളിൽ അന്തർജ്യോതിരേവയാഹ ഉള്ളില്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 പരമപുരുഷനെ അരിയുന് യഥാ നദ്യം സ്യന്തമാന സമുദ്രേ അസ്ഥം ഗി നാമൂപേ വിവാഹ വിഹാ തധാ വിൻ നാമൂ പരാത്പരം പുരുഷ ഉപൈതി ദിവ്യം പരാത്പരനായ പുരുഷനെ പരമേശ്വരനെ പുരുഷോത്തമനായ ഭഗവാനെ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 േ ബ്രഹ്മ നിർണ ഋഷയ ഛിന്നവൈധായത്മാനൂതരം ലഭന്ദേ ബ്രഹ്മനിർവാണ മോക്ഷം ഋഷയ സമ്യദർശി ക്ഷീണകൽമ ക്ഷീണപാപാഹ നിർദോഷാഹിന്ന സംശയാഹ സകല സന്ദേഹങ്ങളും സംശയങ്ങളും അസ്തമിച്ച് നിയത ചിത്തത്തോടുകൂടിയിട്ടുള്ള യതികൾ അഥവാ ഭക്തന്മാർ ബ്രഹ്മനിർവാണത്തിനെ ജീവിച്ചിരിക്കുക തന്നെ പ്രാപിക്കുന്നു അവർ ഋഷികളാണ് ക്ഷീണകൽമശാഹ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 കിട്ടുന്നു എന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടുന്നു നേടിയെടുക്കണോ എന്നല്ല പറഞ്ഞത് ലഭന്ത എന്നാണ് നേടിയെടുക്കുന്നതിനും ലഭിക്കുന്നതിനും വ്യത്യാസമുണ്ട് നേടിയെടുക്കുന്നത് എന്റെ പരിശ്രമം കൊണ്ടാണ് ഞാനവിടെ നിന്നുകൊണ്ടാണ് അത് നേടിയെടുക്കുന്നത് ലഭന്ത കിട്ടുകയാണ് കിട്ടൽ എങ്ങനെയാ സ്വയം തന്നിൽ തന്നെ ഉള്ള ബ്രഹ്മനിർവ്വാണത്തിനെ കാണുകയാണ് ബ്രഹ്മനിർവാണം പുറത്തു നേടുകയല്ല ബ്രഹ്മനിർവ്വാണം നമ്മളുടെ സ്വരൂപമാണ്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 ഒരു കുണ്ഠമുമില്ലാതെ കുണ്ഠമെന്ന് വെച്ചാൽ സംശയം അതാണ് ചിഹ്നദ്വൈത ഒരു കുണ്ഠമുമില്ലാതെ പ്രകാശിക്കുമ്പോ അത് വൈകുണ്ഠമായിട്ട് തീരും നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അവർ വൈകുണ്ഠത്തിനെ അനുഭവിക്കാം കൈലാസത്തിനെ അനുഭവിക്കാം പരമപഥത്തിനെ അനുഭവിക്കാം സത്യലോകത്തിലിരിക്കാം ഏഷ ബ്രഹ്മലോക ബ്രഹ്മലോകത്തിലിരിക്കാം അവർക്ക് അന്യമായൊരു വസ്തുവില്ല എത്രന അന്യത് പശ്യതി നാനൃശൃണോതി ലഭന്ദേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമശാഹ ചിഹ്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേരതാഹ അതിനുശേഷം അവര് ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കും അവർക്ക് അവരുടേതായ ജീവിതമില്ല ഒന്നും നേടിയെടുക്കാനുമില്ല അങ്ങനെയുള്ള ജീവൻ മുക്തൻ ശ്വാസപ്രശ്വാസം ചെയ്യുന്നത് പോലും ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടിയാണ് ആ ശരീരം കൊണ്ട് ഇനി അവർക്കൊന്നും നേടിയെടുക്കാനായിട്ടില്ല സർവഭൂതഹിതേരതാഹ സർവഭൂതങ്ങൾക്കും ഹിതമുണ്ടാവട്ടെ എന്ന് ഉള്ള ഒരു കരുണ ആ കരുണയും അവരുടേതല്ല ഈശ്വരൻ്റെതായ കരുണ അവരിലേക്ക് കുടിയേറിപ്പാർക്കുകയാണ് ആ ശരീരത്തിലേക്ക് കുടിയേറി പാർക്കുകയാണ് ഭഗവാന്റെ കാരുണ്യശക്തി ഭഗവാന്റെ അരുള് ഭഗവാന്റെ കരുണ ഭഗവാന്റെ കൃപ ആ ശരീരത്തിലേക്ക് കുടിയേറി പ്രാപിച്ച് കുടിയേറി പാർത്ത് അരുൾ വടിവേന്തി അലഞ്ഞിടുന്നു യോഗി ആ യോഗിക്ക് തന്റെ ശരീരം അല്ല ഇപ്പൊ ധരിക്കണത് അരുൾ അലഞ്ഞിടുന്നു എന്നാണ് അരുൾ അരുൾ ശരീരത്തിനെ ധരിച്ചുകൊണ്ട് കരുണാശരീരത്തിനെ ധരിച്ചുകൊണ്ട് കുറച്ചു കാലം കൂടെ ലോകത്തിൽ നിൽക്കും ആ ലോകത്തിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഒന്നും തനിക്കൊന്നും ചെയ്യാനില്ല എപ്പോഴെനിക്കൊരു എക്സാമ്പിൾ തോന്നും ചിലപ്പോ ചേരിലായിരിക്കാം എന്നാലും മഹാഭാരത യുദ്ധത്തിൽ ടോൽഗജൻ അവസാനം കർണൻ ആ വേലങ്ങൾ എറിഞ്ഞു കഴിഞ്ഞു അപ്പൊ താൻ ചാവാൻ പോവാണ് ആ ചാവണ് സ്ഥിതിയിൽ തൻ്റെ ശരീരത്തിനെ ഭീമാകാരമാക്കിയിട്ട് അങ്ങോട്ട് കൗരവ സൈന്യത്തിന് വീഴും അവസാനം താൻ മരിച്ചു പോകുമ്പോഴും ആ ശരീരത്തിനെ പോലും തനി എന്താ പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തിനെ ഭീമാകാരമാക്കി വളർത്തിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞ ശരീരം പോലും ഒരു കൈങ്കര്യം ചെയ്തിട്ട് മരിച്ചു പോവാണ് അതുപോലെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കഴിഞ്ഞ ജീവൻ ശരീരം വസന്തവത്ത് ലോകഹിതം ചരന്ത വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു അതെങ്ങനെയാ ശ്ലോകം തുടങ്ങണത് ൈൻ ശാ നിവസവത് ലോകഹിതം ചരന്ത തീർണസ്വയം ഭീമഭവാർണവം ജനൻ അഹേതുനവി താരയന്താ മഹന്ത നിവസന്തി സന്ത ഈ ബ്രഹ്മനിർവ്വാണത്തിനെ പ്രാപിച്ച ജ്ഞാനി എങ്ങനെ ഇരിക്കുന്നു ശാന്താഹ മഹാന്താഹ മഹാന്ത ശാന്തിയെ നേടിക്കഴിഞ്ഞു തനിക്കിനി ഒന്നും നേടാനില്ല മഹാന്ത നിവസന്തി സന്ത അങ്ങനെയുള്ള സന്തുക്കൾ എപ്പോഴും ഉണ്ടെന്നാണ് വസന്തപത് ലോകഹിതം ചരന്ത വസന്തകാലം വരുമ്പോ എല്ലായിടത്തും പൂ പൂക്കുന്നതും സുഗന്ധം പരക്കുന്നതും ലോകഹിതത്തിനായി ചരിക്കുകയും തീർണാസ്വയം ഭീമഭവാർണവം ഈ ഭയങ്കരമായി സംസാര സമുദ്രത്തിനെ തരണം ചെയ്തിട്ട് സതരതി സ സ അന്യാണപി താരയത്തി എന്ന് നാരദഭക്തിസൂത്രം സതരത്തി സ തരത്തി സ അന്യാാനപി താരയത്തി ഭീമഭവാർണവം ജനാന് അഹേതുന ഒരു ഫലൈച്ഛയും കൂടാതെ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടാതെ അന്യാനപിതാരയന്ത മറ്റുള്ളവരെയും ഈ മാർഗത്തിൽ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയും പരമപഥത്തിനെ കാണിച്ചു കൊടുക്കുകയും ഭഗവത് അനുഭവത്തിനെ നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ് ആത്മീക മാനസരാമായ ഒരു കഥ പറയാതെ മാനസരാമായണത്തിലുണ്ടോ അല്ല കൂടെ ചേർത്തി പറയണ കഥയാണോന്ന് എനിക്കിപ്പോ ശരിക്കും ഓർമ്മയില്ല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 ഞാനങ്ങ് ഈ നദി ഈ ഗംഗ കടത്തിവിട്ടതിന് പകരമായി അവിടെ നിന്ന് തന്നെ ഈ സംസാര സമുദ്രവും കടത്തിവിട്ടാൽ മതി എന്നാണ് അഹേതുനാ ഒരു ഹേതുവും ഒരു ഫലേച്ഛയും കൂടാതെ തരണം ചെയ്യിപ്പിക്കുക അതിനുവേണ്ടി ആ ശരീരം സർവഭൂതഹിതേരതാഹ ലോകമംഗളത്തിനായിട്ട് വേണ്ടി ആ ശരീരം നിലനിൽക്കുന്നു എന്ന് അടുത്ത ശ്ലോകം ോധവിയുക്തീന യേത അഭിദോ ബ്രഹ്മ നിർവാണേ വിദന കാമോധവിയുക്തചേതസം സംയത സംയത ഉഭയത ജീവതം അഭി ഉഭയത ജീവതാം മൃത ബ്രഹ്മനിർവാണം മോക്ഷ വർത്തേ വിദിതാത്മനം വിദാ ആത്മാ യാ തേ വിദത്മന തദിതാത്മനം സമ്യക്ദർശന കാമക്രോധവിയുക്തം യതീനം യഥേതസ ആരെയാണ് യതികൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആരുടെ ഉള്ളിൽ നിന്നും സമ്പൂർണമായി കാമവും ക്രോധവും പോയോ ആരുടെ ചിത്തം നിയമ നിയമിതമായിട്ടിരിക്കുന്നുവോ അവർക്ക് അഭിതഹ ബ്രഹ്മനിർവാണം വർത്തതെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവര് ബ്രഹ്മനിർവാണം നേടിയവരാണ് ഇനി ശരീരം വീണുപോയാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല ജീവതോ യൈവല്യം വിദേഹേ സ ച കേവല യത് കിഞ്ചിത് ഭയം്രൂതേ യജുശ്രുതി എന്ന് വിവേകചുടാമണിയിൽ ആചാര്യസ്വാമികൾ ഒരു കാര്യം പറയുന്നു ജീവതോയസ്യ കൈവല്യം ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അയാൾ കൈവല്യത്തിനെ നേടിക്കഴിഞ്ഞു ജീവതോയസ്യ കൈവല്യം വിദേഹേ സച്ച കേവല അയാള് ശരീരം വീണു കഴിഞ്ഞാലും അവൻ കേവലനാണ് അയാൾക്ക് അന്യമായൊന്നുമില്ല ഏകവും അദ്വയവും ആനന്ദസ്വരൂപവുമായ ഒരു വസ്തു മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോ തന്നെ അയാൾക്ക് ദ്വൈതപ്രപൃത്തി ഇല്ല സകലത് ഒരേ വസ്തുവായി ഒരേ ഭഗവത് സ്വരൂപമായി അറിയുന്നവന് എത്കിഞ്ചിത് പശ്യതോ ഭേദം ഉദരം അന്തരം കുറുത്തെ അതതസ്യ ഭയംഭവത്തി എന്ന് തൈത്തരിയ ശ്രുത്തി പറയുന്നു അല്പമെങ്കിലും അന്തരം കാണുന്നത് വരെ ഭയം ഇയാൾക്ക് ഭയവും വിട്ടുപോയി അതുകൊണ്ട് ശരീരമരിക്കുമ്പോ തന്നെ ബ്രഹ്മനിർവാണ സുഖത്തിന് അനുഭവിക്കുന്നവന് അയാൾക്ക് ചുറ്റും ബ്രഹ്മനിർവണ സുഖം തളങ്കെട്ടി അഭിദോ അഭിതോ ബ്രഹ്മനിർവ്വാണം വർത്തതേ വിദിതാത്മാനാം എന്നുള്ളതിന് വേറെ ചില വൃത്തികാരന്മാരുടെ അങ്ങനെയാണ് സ്വയം ജ്ഞാനത്തിനെ നേടിയ ജ്ഞാനികളുടെ സന്നിധിയിൽ ഒരു പുഷ്പത്തിൽ നിന്നും സുഗന്ധം വരുന്ന പോലെ വേനൽ ചൂടിൽ നിന്നും ഒരു തണുപ്പുള്ള ഒരു മുറിയിലേക്ക് കയറി ചെന്ന് ഇപ്പൊ എ സി ഇട്ട റൂമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എങ്ങനെ പെട്ടെന്ന് വ്യത്യാസം അറിയുന്നു അതുപോലെ ലൗകികമായ അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാന തപോനിഷ്ഠനായ ഒരാളുടെ സന്നിധിയില് ബ്രഹ്മനിർവാണത്തിനെ പ്രാപിച്ച യോഗിയുടെ സന്നിധിയില് ബ്രഹ്മനിർവ്വാണം തളങ്കെട്ടി നിൽക്കുമെന്നാണ് അഭിതോ ബ്രഹ്മനിർവാണം വർത്തതെ വിദിതാത്മനാം ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ആത്മജ്ഞാനികളുടെ അഭിതഹ എന്ന് വെച്ചാൽ ചുറ്റുമെന്നർത്ഥം മുൻപിലെന്നർത്ഥം ബ്രഹ്മനിർവാണം വർത്തതേ ബ്രഹ്മനിർവാണം അവരുടെ മുമ്പിലുണ്ട് അഥവാ അവർക്ക് തന്നെ ഈ സത്യം അറിഞ്ഞവർക്ക് ബ്രഹ്മനിർവാണം വളരെ സുലഭമാണ് അവർക്ക് സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ് അവസാന സമയത്ത് മഹാസമാധിക്ക് മുമ്പ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഒരു ദിവസം വൈകുന്നേരം ബേലൂർ മഠത്തിൽ സന്യാസികളൊക്കെ ഇരിക്കുമ്പോ സ്വാമി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 ഒരു സ്വാമി പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലെ പൂജാപാത്രമൊക്കെ ആയിട്ട് ആ പൂജാപാത്രമൊക്കെ ചോട്ടിലിട്ടിട്ട് നിന്നിടത്ത് ചിത്രം വരച്ചു പോലെ കുറച്ചു നേരത്തേക്ക് ഈ വാക്കുകൾ കേട്ടിട്ട് സർവ്വും മറന്ന് ലോകം മറന്ന് സമാധിസ്ഥിതനായിട്ട് നിന്നു ആ വാക്കിൽ അത്രയധികം ധ്വനിയുമുണ്ട് സ്വയം തന്റെ മുമ്പിൽ അത് കാണുന്നു ലെറ്റർ ലുക്ക് എഴുതുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാത്രം നമുക്ക് അടുത്ത കാലത്തിൽ കാണാവുന്നതിൽ ഒരു കാര്യം മരണത്തിനു മുമ്പിൽ കാണുന്നതും മരണം ഞാൻ നാൽപ്പത് വയസ്സുപേരെ ഇരിക്കില്ലെന്നും ഞാൻ എന്റെ മുമ്പിൽ ബ്രഹ്മനിർവ്വാണത്തിനെ കാണുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ ഇല്ലാതായിട്ട് തീരുമെന്നും ഒക്കെ കത്തുകളിൽ എഴുതുന്നുണ്ട് ഏഴ് വാളിയത്തിലെ എപ്പിസിസ് എന്ന് പറഞ്ഞിട്ട് ആ കത്തുകൾ വരും ആ കത്തുകളിൽ എഴുത്തുകളിലൊക്കെ കാണാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എഴുതുന്ന കത്തുകളിൽ കാണാം ഞാൻ ഇപ്പതാ ഇല്ലാതായി പോകുന്ന പോലെ എന്റെ മുമ്പിൽ ആ സത്യത്തിനെ ഞാൻ കാണുന്നു നിത്യനിരന്തരമായി സത്യത്തിനെ ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കത്തുകളിലൊക്കെ കാണാം ഞാൻ നാൽപ്പത് വയസ്സ് വരെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതൊക്കെ ആ കത്തുകളിൽ കാണാം അപ്പോ ബ്രഹ്മനിർവാണ സുഖം സത്യദർശികളുടെ മുമ്പില് സുവ്യക്തമാണ് അപരോക്ഷമാണ് അങ്ങനെ കാമക്രോധവിയുക്താനാം യതീനാം യഥചേതസാം അഭിത ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം ആത്മതത്വം അറിഞ്ഞവർക്ക് രാഗദ്വേഷങ്ങളൊക്കെ ശമിക്കുമ്പോൾ ശരീരമിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മനിർവാണ സുഖം അനുഭവത്തിൽ വരുന്നു രാഗദ്വേഷം ഒന്നും ശമിച്ചിട്ടില്ലെങ്കിൽ ആത്മതത്വം അറിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോ ബ്രഹ്മനിർവ്വാണ സുഖം അറിയില്ല സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറിഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളിയതിലാക്കുവാൻ പിന്നെയാട്ടെ അല്പ ഒരു കാര്യമുണ്ടെന്നാണ് കൂട്ടക്കൊട്ടോട് കോട്ടയ്ക്കകമേറി സുഖി സുഖിപ്പാൻ വരംതാ താ നമുക്ക് നാരായണ ഗുരുസ്വാമി സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ പാടുന്നുണ്ട് സ്പഷ്ടം നിലാവങ്ങു നീങ്ങി മനസ്സിൽ അജ്ഞാനം നീങ്ങി ദിനകരനുദയം ചെയ്തു എന്നാണ് സൂര്യനുദിച്ചു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവളിയതിലാക്കുവാൻ എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സിനെ പൂർണ്ണമായി ഹോമിച്ചു ഹോമിച്ച് ഹോമിച്ച് ആ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാക്കുവാൻ അല്പം തിരി പണിയുണ്ടെന്നാണ് പൂർണ്ണമായി മനസ്സ് ശമിച്ച് ആനന്ദത്തില് ഇരുന്ന് ആനന്ദത്തിന് നുകരണം ആനന്ദത്തിനെ അനുഭവിക്കണം ആ ആനന്ദം അനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമായ ആനന്ദം തൃപ്തി സന്തോഷം ഉണ്ടാവണത് അതിന് കാമം ക്രോധം ഉള്ളതൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശമിച്ച് ജ്ഞാനം തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞ് വന്ന് ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഭഗവാനെ അനുഭവിക്കാം അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞല്ലോ തുക്കാറാം ഇങ്ങനെ അവസാന കാലത്ത് തെരുവുകളിലൊക്കെ ചുറ്റി നടക്കും അത്രയും ആ തമ്പരൂവും വെച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഭ്രാന്ത് പോലെ ഇങ്ങനെ നടക്കുക അദ്ദേഹം എവിടൊക്കെ എന്ന് വെച്ചാൽ ലക്ഷ്യമൊന്നുമില്ല അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ കാര്യമായി എന്തോ എടുക്കാൻ പോകുന്ന പോലെയോ എവിടെയോ ആരെയോ കാണാൻ പോകുന്ന പോലെയോ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ഠം എന്ന് പറയാം വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക ഭഗവത് ധ്യാനം ഹൃദയത്തിൽ കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ശരീരം അറിഞ്ഞുകൊണ്ടിരിക്കും പലതും ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഹൃദയത്തിൽ ആ ഭഗവത് ആനന്ദത്തിനെ അനുഭവിക്കുക അനുഭവിക്കുക അനുഭവിക്കുക ശരീരത്തിലല്ല നമ്മൾ ഇരിക്കുന്നത് ശരീരത്തിലിരിക്കുമ്പോഴും അശരീരികളായിട്ട് തീരും വിദേഹിയായിട്ട് തീരും ദേഹത്തിലിരിക്കുമ്പോഴും നമ്മൾ വിദേഹിയായിട്ട് തീരും ദേഹം ഉണ്ടാവും പക്ഷെ ദേഹത്തിനെ കുറിച്ച് ചിന്തയുമില്ല ദേഹത്തിനെ കുറിച്ച് അറിയുമില്ല അറിവുമില്ല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 स्पर्शान, कृत्वा, बहिर्बाह्यान। സ്പർാൻ കക്ഷുശ്ചൈവാണ സമോ നരചാരിണോ യനോ ബുദ്ധി सदा മുനിമോക്ഷയണ വിാധ സഗർനഷ സദ്യ മുക്തിയുക്ത കർമ്മശ്ശരാർപ്പതസർവഭാവന ഈശ്വരെ ബ്രഹ്മണി ആധാ കിയമാണ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തിസർവകർമ്മസന്യാസക്രമേണ മോക്ഷാതി ഭഗവാൻ പദേ പദേ അബ്രവീത്ത് വക്ഷ്യതി അഥ ഇതീം ധ്യാനോം സമ്യക് ദർശന അന്തരംഗം വിസ്തരെണ്ക്ഷ്യാമി തസ് സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മ ഇനി ധ്യാനയോഗം പറയുന്നതിന് മുമ്പ് അതിനൊരു സൂത്രസ്ഥാനീയമായ ശ്ലോകങ്ങൾ വെച്ചാൽ അതിനെ മുഴുവൻ ചുരുക്കി പറയുക എന്നുള്ള ഒരു ശ്ലോകമാണ് ഭഗവാൻ രണ്ട് ശ്ലോകങ്ങൾ ചേർത്തിയാണ് ഭഗവാൻ ഇവിടെ പറയണത് സ്പർശാൻ കൃത്യ ബഹിർബാഹ്യ ചക്ഷുശ്ചൈവാ ബ്രുവോ സ്ബ്ദാദീൻ ബീ ബാഹ്യൻ ബീ കൃത് ശ്രോത്രദ്ണ അന്ത ബുദ്ധൌ പ്രവേശിത ശബ്ദയച്ചിന്തയ ബാഹ്യ ബീച്ചാൽ പുറമേ നിന്നും ശബ്ദം ഉണ്ടാവും പുറമേ നിന്നും എന്തെങ്കിലും വസ്തുക്കളെ കണ്ണു കാണും പുറമെ പല വസ്തുക്കളും രൂചിക്കാനുണ്ടാവും സ്പർശിക്കാനുണ്ടാവും അതിലൊന്നും ശ്രദ്ധയില്ലാതെ ആ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഇയാളുടെ ശ്രദ്ധ അവിടെ ഇല്ല സാധാരണ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം നമ്മൾക്ക് ആലോചിക്കുമ്പോ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും കാണില്ല എന്തൊക്കെ പറയണ്ടെങ്കിലും കേൾക്കില്ല അങ്ങനെ ഇരുന്നു പോകുന്നുണ്ട് ഇതിപ്പോ भगवत्ष्ठव बुद्धि पदक पदके, पदक शब्दस्पर्श रूपरस गंधवल स्पर्शा कृत् बहिर्बा चक्षुश अंतरे भ्रुवो कण अंतर्मुखाई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 ക്രമേണ അത് നെഞ്ചു വരെ പോണത് അടിവയറ് വരെ പോകുന്ന വരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ തന്നെ പ്രാണായാമം ഉണ്ടാവും വളരെ സിമ്പിളാണ് വളരെ മെനക്കെട്ടതുമാണ് നമുക്ക് കാണുമ്പോൾ തോന്നും ഏറ്റവും സിമ്പിൾ പ്രാണായാമാവണം തോന്നും ഇതിനേക്കാളുമൊക്കെ നമുക്ക് ശ്വാസം പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യാം പക്ഷെ ഈ പ്രാണായാമം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശ്രദ്ധിക്കുക എന്നുള്ളതുപോലെ കാര്യമൊന്നുമില്ല ഏറ്റവും സിമ്പിൾ കാര്യമൊക്കെ വളരെ വിഷമാണ് നാമജപം ഏറ്റവും സിമ്പിളാണ് പക്ഷെ ചെയ്തു നോക്കൂ സിമ്പിൾ ആണെങ്കിൽ എത്ര മഹാത്മാക്കളും ഭാഗവതന്മാരും ജീവൻ മുക്തന്മാരും നാട്ടിലുണ്ടാവണം കാര്യം സിമ്പിളാണ് രാമ രാമ രാമ എന്താ വിഷമം ചെയ്യില്ല ചെയ്യാ വളരെ സിമ്പിൾ ആണെങ്കിലും എന്തൊക്കെ സാധിക്കണോ മനുഷ്യൻ അല്ലെ അപ്പോ പ്രാണാപാനവും സമൂ കൃത്വ പ്രാണാപാനന്മാർ പ്രാണനുള്ളിൽ പോകുന്നതും പുറത്തു വരണേ വെറുതെ ഇതിനാരും പഠിപ്പിക്കുകയേ വേണ്ട യഥേന്ദ്രിയ മനോബുദ്ധി പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ ഭൂജിക്കുന്നത് താളത്തിലാക്കി നിർത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ഒക്കെ ചെയ്ത് പരിപൂർണമായ ഭഗവത് പ്രാപ്തി ജീവൻമുക്തി അഥവാ തത്വജ്ഞാനം ഉണ്ടാവുന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് വ്രതമെടുത്ത് വിഗതയിച്ഛാഭയക്രോധ എങ്ങനെ ഇരിക്കുന്നു അവന് ഡിസയർ ആഗ്രഹമില്ല ഭയമില്ല ക്രോധമില്ല ഈ മൂന്നും കൊണ്ടാണ് മനസ്സ് ശമിക്കണത് മനസ്സ് പുറത്ത് ചഞ്ചലപ്പെടുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ ഭയം ഉണ്ടാവും ക്രോധവും ഉണ്ടാവും ആഗ്രഹമുള്ളവൻ പേടിയുള്ളവനായിരിക്കും ക്രോധമുള്ളവനുമായിരിക്കും അപ്പൊ വികദേശാ ഭയക്രോധ ആഗ്രഹമോ ഭയമോ ക്രോധമോ ഇല്ല അങ്ങനെ നിത്യനിരന്തരം ധ്യാനയോഗത്തിനെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നവൻ സദാ ആരങ്ങനെ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 എന്റെ സൈഡൊന്നും മൂവ്മെന്റ് ഉണ്ടാവില്ല അടുത്ത ശ്ലോകം നോക്കൂ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാം ജ്ഞാ മാം മൃച്ഛതി ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഭക്തവാത്സല്യം പ്രിയം എന്താ പറയാ പ്രേമ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 രക്ഷിഷ്യേ സർവത്തോഹം ത് സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ എന്നൊക്കെ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ കൂടെയിരിക്കാം നിന്നെ രക്ഷിക്കാം നിനക്ക് എന്നെ കാണാം ഞാൻ രക്ഷിക്കുന്നത് നിനക്ക് കാണാം എന്നൊക്കെ അങ്ങനെയൊക്കെ കൂടെ ഉള്ള സർവഭൂതാനാം അങ്ങനെ ഭഗവാനെ ഒരാൾ കണ്ടുകഴിഞ്ഞാൽ കോൺസ്റ്റന്റായിട്ട് ആ സാന്നിധ്യത്തിനെ ഒരാൾ അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തി കുട്ടികളെ കണ്ട് ചെറിയ കുട്ടികൾക്ക് അമ്മ എടുത്തുണ്ടെങ്കിൽ അവർ വളരെ കംഫർട്ടബിളായിരിക്കും ശാന്തമായിരിക്കും അതുപോലെ ഭക്തന് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങിയാൽ ശാന്തനാവും ജ്ഞാത്വാമാം ശാന്തി മൃച്ചതി സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുമ്പം ഗോപസ്ത്രീകൾ കൃഷ്ണനെ അന്വേഷിച്ച് അവിടെ ഇവിടെ അവിടെ ഒക്കെ നടന്നു സുഖബ്രഹ്മ മഹർഷി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തിരി ചിരിച്ചു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 സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമപുരുഷനെ ഉള്ള വനസ്പതികളോടും ചെടികളോടും പുഷ്പത്തിനോടും ഒക്കെ കണ്ണനെ കണ്ണനെ കണ്ടുവോ എന്ന് ചോദിച്ചു നടക്കുന്നു അങ്ങനെ ചോദിച്ചു നടക്കുന്നവർ ഒരിടത്തെത്തിയപ്പോ മുല്ലപ്പൂവിന്റെ ഗന്ധത്തോടുകൂടെ ആ പരിമളത്തോടുകൂടെ കലർന്നു അച്യുതന്റെ പരിമളം അനുഭവിച്ചപ്പോ ശാന്തരായി കുന്തസ്രജ കുലപതേഹേ ഇഹവാതിഗന്ധ ആ ഭഗവാനുമായി സമ്മിശ്രമായിട്ടുള്ള മുല്ലപ്പൂഗന്ധം അനുഭവിച്ചു എന്നുവെച്ചാൽ ഭഗവാനെങ്ങനെ മണക്കും അച്യുതന്റെ ഗന്ധം എന്ന് വെച്ചാൽ എന്താ അർത്ഥം അത് ഗന്ധമെന്നൊരു വാക്കു ഭഗവത് സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് ഭക്തൻ ശാന്തനാവുന്നത് ആ ഭഗവാൻ ഇവിടെ എവിടെയോ ഉണ്ട് കൃഷ്ണൻ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പോ അടുത്ത് ഭഗവത് സാന്നിധ്യത്തിനെ അനുഭവിക്കുമ്പോ ആ സാന്നിധ്യ സുഖം ഏർപ്പെടുമ്പോ ഭോക്താറും യജ്ഞതപസാം നമ്മളുടെ നമ്മൾ ചെയ്യുന്ന തപസ് നമ്മൾ ചെയ്യുന്ന നാമജപമൊക്കെ ഞാനല്ല ചെയ്യണത് എൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാനാണ് ചെയ്യിപ്പിക്കണത് അതിൻ്റെ ഫലം അനുഭവിക്കണതും ഭഗവാനാണ് ഞാനെന്ന് പറയണ ഈ ശരീരം വെറുവൊരു യന്ത്രമാണ് ഉള്ളിൽ ജപിക്കുന്നതും കൃഷ്ണനാണ് ജപഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ് യജ്ഞം തപസ്സൊക്കെ ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ് അതിൻ്റെ ഭോക്താവും കൃഷ്ണനാണ് എൻ്റെ സുഹൃത്തായി നിരന്തരം എൻ്റെ കൂടെ നടക്കുന്നു ഭഗവാൻ ശാന്തി മരിച്ചത് ശാന്തമാവും അപ്പോ ശാത്താമീ ജീവൻ സർവോകമഹേശ്വരം സുഹൃദംഭൂതാണി പ്രത്യുപകാരനിരപേക്ഷതയാപകാരിണം ഹൃദയേഷയം കർമ്മഫലാധ്യക്ഷം പ്രത്യസാക്ഷിണ മാം നാരായണ ജ്ഞാ ശാന്തിസാരത്തിനോതി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 എന്റെ എന്നെ കൊണ്ട് ജപം ചെയ്യിപ്പിക്കുന്നതും കൃഷ്ണനാണ് ആ ജപത്തിന്റെ ഫലം അനുഭവിക്കുന്നതും കൃഷ്ണനാണ് കൃഷ്ണ സാന്നിധ്യം നിരന്തരമുണ്ട് ഞാൻ വെറും യന്ത്രമാണ് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് യോഗക്ഷേമം വഹാമ്യഹം ആ ഭഗവത് സാന്നിധ്യത്തിനെ അനുഭവിക്കുകയാണെങ്കിൽ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ശാന്തി സമാധി ഭഗവത് ധ്യാനം അധ്യാത്മയോഗം കൈക്കൂടും ശാന്തി ഇതിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇനി ജീവിക്കാം ദൈനംദിന ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വ്യവഹാര ജീവിതത്തിൽ ഭഗവാനെ ഭോക്താവാണെന്നും കർത്താവാണെന്നും നമ്മളുടെ സുഹൃത്താണെന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കാം ഭഗവാൻ എപ്പോഴും കൂടെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം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 ശ്രീമഹത്തെ ശതസഹസ്രം സംതം വൈയാസ്യം ഭീഷ്മപർമ്മി ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാ സോ പഞ്ചമധ്യായ അങ്ങനെ അഞ്ചാമത്തെ അധ്യായം നമ്മള് ഭഗവതർപ്പണം ചെയ്യാണ ഇനി അടുത്ത അധ്യായം അടുത്ത സന്ദർഭത്തിൽ കാണാം ഇനിയിപ്പോ ഇന്നലെ വരാൻ പോകുന്ന സത്സംഗങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞു അത് അവസാനം ഒരിക്കൽ അനൗൺസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശ്രീ വെങ്കടാചലം അവൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്ത് നമ്മൾക്കൊരു യജ്ഞസമർപ്പണത്തിന് വേദി ഒരുക്കിത്തരും അദ്ദേഹത്തിന് ഇവിടെ ക്ഷണിക്കുകയാണ് അതിനുശേഷം നാമസംകീർത്തനം ചെയ്ത് യജ്ഞ അക്ഷതയും വാങ്ങിച്ച് യജ്ഞ പ്രസാദമൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും പോവാം ജനങ്ങളെ ഗുരുജനങ്ങളെ ആചാര്യവാര്യരെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സമ്മപ്പ് ചെയ്യാനായിട്ടാണ് ഈ ആചാര്യനെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ിച്ചാൽ സമ്മപ്പ് ചെയ്യാനായിട്ടൊന്നുമില്ല ചിലപ്പോ രണ്ടേ രണ്ട് വാക്കുകൾ ഉണ്ടാവുള്ളൂ ഔപചാരികമായിട്ട് പറയുമല്ലോ രണ്ട് വാക്ക് പറയൂ എന്ന് ഈ രണ്ടു വാക്ക് നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണ് ഇദ്ദേഹത്തെ കേട്ടവർക്കെല്ലാം അതെന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഇര് അത്രയേ ഉള്ളൂ പക്ഷെ ഒരു മയക്കിങ്ങനെ തന്നിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സംസാരിക്കണമല്ലോ ്രദായം ഇദ്ദേഹം പറഞ്ഞു ചുമ്മാ ഇരിക്കാനാണ് ആഗ്രഹം എല്ലാ ആചാര്യന്മാരും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ ഇരിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ ആൾക്കാർ സമ്മതിക്കണില്ല പാലക്കാട് നിന്ന് ക്ഷണിച്ചു വരുത്തി ഇവിടെ കൊണ്ടിരുത്തി കുറെ ശ്രോതാക്കളെ മുമ്പിലിരുത്തി ഒരു മൈക്കും അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സംസാരിക്കാണ്ട് പറ്റില്ല ചുമ്മാ ഇരിക്കാനാണ് ഇഷ്ടമെങ്കിലും അതുപോലെ ഞാനും ഇപ്പോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ യജ്ഞ യ്ഞം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സമ്പ്രദായമാണ് ആചാരന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് കൃഷ്ണന്മാർ പറയണത് അവർ നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ജ്ഞാനമൊത്തുക്കളെ ഒരു ഉപകാര സ്മരണയോടുകൂടി കൃതാത്ഥതയോടുകൂടി സ്മരിക്കുക എന്നത് തുടക്കത്തിലെ അദ്ദേഹം പറഞ്ഞു സ്വാഗത പ്രസംഗം പറഞ്ഞു തോന്നണം പത്ത് വർഷമായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ കേൾക്കുന്നുണ്ടെന്ന് അപ്പോഴാ ഓർമ്മ വന്നത് പത്ത് വർഷമായോ എന്ന് പല ആൾക്കാർക്കും അത് മറന്നുപോയി ഈ പത്തു വർഷവും സ്ഥിരമായിട്ട് കേട്ട ആൾക്കാർക്ക് ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും തുടക്കത്തിലെ അദ്ദേഹം പറഞ്ഞത് ശ്രോതാക്കളുമായിട്ടൊരു റാപ്പോ വന്നിട്ടില്ല ഇഴുകിച്ചേരൽ വന്നിട്ടില്ല അത് രണ്ടു ദിവസമാകുമ്പോ അത് വന്നോളുമെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അലവയ്ക്കുകയായിരുന്നു നമ്മൾ ഈ കർമ്മയോഗത്തെ പത്തു വർഷം കേട്ടിട്ടും വീണ്ടും ഇഴുകിച്ചേരാൻ രണ്ടു ദിവസം വേണമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ കർമ്മയോഗത്തെ കേൾക്കാൻ സാധിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല പ്രയോഗത്തിൽ വരുത്തുക എന്നത് ഇന്നത്തെ മിക്ക പ്രഭാഷകന്മാരും നമുക്ക് കേൾക്കാൻ പ്രിയങ്കരമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുക പക്ഷേ നമ്മുടെ നാട്ടിലെ ചില അപൂർവം ചിലവർ മാത്രമുണ്ട് പ്രിയങ്കരമായിട്ട് സംസാരിക്കില്ല ഹിതകരമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ അങ്ങനത്തെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു ആചാര്യനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വിശേഷമല്ല മറിച്ച നമ്മുടെ സൗഭാഗ്യമാണ് നമ്മൾ എന്താണോ അർഹിക്കുന്നത് അതാ നമുക്ക് കിട്ടുക എന്ന് പറയാറുണ്ട് നമ്മൾ എങ്ങനത്തെ ഒരു ആചാരനെ അർഹിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനത്തെ ഒരു അപൂർവമായ ആചാര്യനെ കിട്ടിയെന്നർത്ഥം തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു സമസ്ത വേദങ്ങളുടെയും സാരസംഗ്രഹത്തെയാണ് ഇവിടെ ഗീതാരൂപത്തിൽ അവതരിപ്പിക്കാനും പോകുന്നത് അപ്പൊ തന്നെ ആ ദൗത്യത്തിന്റെ ഗൗരവം വളരെയങ്ങ് ഉയർന്നിരിക്കുന്നു അദ്ദേഹം പറയുകയുണ്ടായി ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഇന്നത്തെ പ്രഭാഷണം സത്സംഗം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇനി ഇപ്പൊ മുതല് നമ്മളെ സത്സംഗം ധനിച്ചങ്ങൾ ചെയ്തോളണം അത് ഒരു വെല്ലുവിളിയുമാണ് ഒരു അവസരവുമാണ് It is both a challenge and an opportunity. Nice because of all, the things that we have to do is, we have to come to our own. If we are so happy, we should be happy to be happy to be happy, even if we are happy to be happy to be happy. If we are happy, if we are happy to be happy to be happy, we should be happy to be happy to be happy. സാങ്കേതികമായിട്ട് സങ്കീർണമുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയില്ല അത് പ്രയോഗത്തിൽ വരുത്തേണ്ട ഉപായങ്ങളെക്കുറിച്ചും കൂടി കൂട്ടത്തിൽ പറഞ്ഞു തന്നു നമ്മളൊക്കെ പ്രവൃത്തി ചെയ്യുന്നവരാണെന്നാണ് അത്ര നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നമ്മൾ പ്രവൃത്തി മാർഗത്തിലും അല്ല നിവൃത്തി മാർഗത്തിലും അല്ല പിന്നെ എവിടെയാണ് പ്രവൃത്തി മാർഗത്തിലാണെങ്കിൽ അതൊരാശ്രമമാണത്രയും ഗൃഹസ്ഥാശ്രമം പക്ഷെ നമുക്കിപ്പോ ഗൃഹത്തിന്റെ ശ്രമം മാത്രമേ ഉള്ളൂ ആശ്രമമില്ലെന്നാണ് ആചാര്യം പറയണത് അത് ആശ്രമമാകണമെങ്കിൽ കൊമ്പിലിരിക്കുന്ന കിളിയെ പോലെ ആകണമത്ര കൊമ്പിലിരിക്കുന്ന കിളി കൊമ്പിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയാണ് പക്ഷെ ആ കൊമ്പെങ്ങാനും മറിഞ്ഞു വീണാൽ ആ കിളിക്ക് പറന്നു പോകാൻ സാധിക്കും പക്ഷെ നമുക്ക് പറന്നു പോകാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ നമുക്ക് ഗാർഗസ്ഥിമൊരു ശ്രമമല്ല ഒരാശ്രമമായിട്ട് വരും നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണെന്നും നമുക്കറിയാം ഒരുപാടൊക്കെ വിദ്യാഭ്യാസമുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയുണ്ട് മാനേജ്മെന്റ് ഡിഗ്രിയൊക്കെയുണ്ട് അപ്പോഴം പറയുന്നത് ബുദ്ധി നാല് തരമുണ്ട് എന്ന് അപ്പൊ സങ്കീർണമായി അപ്പൊ നമ്മൾ അറിയണം നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് എന്ന് നമ്മുടെ ബുദ്ധി സ്ഥൂലമാണോ തീക്ഷ്ണമാണോ അല്ലെ സൂക്ഷ്മമാണോ അല്ലെ ശുദ്ധമാണോ ആർക്കറിയാം അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഇപ്പോൾ പഠിക്കുന്നത് ഇന്ന് മുതൽ ഹോംവർക്കാണ് എല്ലാവരും വീട്ടിൽ പോയിട്ട് അങ്ങനെ ചിന്തിക്കാം നമ്മളിപ്പോ ഏത് കാറ്റഗറിയിൽ പെടും മന്ദന്മാരല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും അത്രയും നല്ലത് നമ്മളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്നാണ് നമ്മളുടെ അവകാശവാദം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് അവിടെ അദ്ദേഹം പറയുന്നത് കർമ്മങ്ങൾ അഞ്ചു തരമുണ്ട് വിഹിതകർമ്മം നിഷിദ്ധകർമ്മം കാമ്യകർമ്മം കർമ്മയോഗം അകർമ്മം ഇങ്ങനെ അഞ്ചുതരം കർമ്മങ്ങൾ അപ്പൊ അത് സാങ്കേതികമായി ഇപ്പൊ നമ്മുടെ പ്രശ്നം ഈ അഞ്ചെണ്ണത്തിനെയും അടുക്കിയും ചിട്ടിയോടും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മളത് പ്ലേസ് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് പൊസിഷൻ ചെയ്യണം അതാണ് നമ്മുടെ ദൗത്യം ഇന്ന് മുതൽ നിഷിദ്ധ കർമ്മം ചെയ്യാൻ പാടില്ലാത്ത എല്ലാവർക്കും അറിയാം അപ്പൊ അത് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം വിഹിത കർമ്മങ്ങളെ ചെയ്യണം പക്ഷേ വിഹിതകർമ്മങ്ങളെ ചെയ്താൽ ഷാപ്പാടിനുള്ള കാശ് കിട്ടില്ല അപ്പോൾ ഊണനുള്ള വക കിട്ടാനായിട്ട് കാമ്യകർമ്മം അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ആ കാമ്യകർമ്മത്തിൽ തന്നെ നമ്മൾ ലൈ ചിരുന്നു പോയാൽ ഹൃദയത്തിലും മാലിന്യങ്ങൾ അടിഞ്ഞു കൂടും ആത്മശുദ്ധീകരണത്തിന് വേണ്ടി കർമ്മയോഗം അവസാനം എല്ലാ യോഗങ്ങളുടെയും ലക്ഷ്യമായ അകർമ്മത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു അതാണ് സാക്ഷാത്കാരം അതുപോലെ നമ്മൾ ധരിക്കുന്നു നമ്മളെല്ലാവരും ഭക്തന്മാരാണെന്ന് കാരണം നമ്മുടെ നെറ്റിയിലൊക്കെ ചന്ദനക്കുറിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊക്കെ ഭക്തന്മാരാണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഭക്തി മൂന്ന് തരവുണ്ട് സാധനാഭക്തിയുണ്ട് അനുഭവഭക്തിയുണ്ട് പരാഭക്തിയുണ്ട് സാധനാഭക്തിയാണത്രേ കർമ്മയോഗം അനുഭവഭക്തിയാണത്രേ ജ്ഞാനയോഗം പരാഭക്തിയാണത്രേ സാക്ഷാത്കാരം ഇപ്പൊ നമ്മളിപ്പോഴും നിൽക്കുന്ന സാധനാഭക്തിയിലാണ് കാരണം ഈ സാധനാഭക്തി എന്നൊക്കെ പറയണത് കേൾക്കാൻ വളരെ ലളിതമാണെങ്കിലും അത് ചെയ്തു വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ തീരില്ല ഏറ്റവും വലിയ ഉദാഹരണം ക്ഷേത്രങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നോക്കിയാൽ മതി രാവിലത്തെ ഒരാഴ്ചത്തെ ക്ലാസ് ശ്രീ ശങ്കരന്റെ വിഖ്യാതമായിട്ടുള്ള കാശി പഞ്ചകത്തെ പുരസ്കരിച്ച് പറഞ്ഞു വന്നപ്പോൾ ക്ഷേത്രങ്ങളെ പുണ്യക്ഷേത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം നമ്മളിപ്പോ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ ക്ഷേത്രങ്ങളെ മുഴുവൻ ഉത്സഹലഹരിയിൽ ആറാടിക്കാനും ഉത്സവ മേളകൾ നടത്താനും കർമ്മ കോലാഹലം ഉണ്ടാക്കാനും കർമ്മകലാപമുണ്ടാക്കാനും വേണ്ടിയാണത്രയും പക്ഷെ അവിടെ ശ്രീശങ്കരൻ പറഞ്ഞു തരുന്നു കാശി തുടങ്ങിയ പുണ്യക്ഷേത്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മനസ്സിന്റെ തിമിർപ്പിന് വേണ്ടിയിട്ടല്ല മറിച്ച് മനസ്സിന്റെ നിവർത്തിക്ക് വേണ്ടിയിട്ടും പരമശാന്തി അടയാനുമായിട്ടാണ് എന്ന് ഇത്രയും കാലം നമ്മൾ ക്ഷേത്രങ്ങളേക്ക് ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴെങ്കിലും നമുക്ക് ഇനി ശ്രീ ശങ്കരന്റെ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളെ വിശദീകരിച്ച് കേട്ടതിനു ശേഷം നമുക്ക് എല്ലാ പുണ്യക്ഷേത്രങ്ങളെയും നമുക്ക് മനോനിവൃത്തിക്ക് വേണ്ടിയും പരമശാന്തിക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഒരു ബസ് യാത്രയിൽ പോലും നമുക്ക് സാധനാഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നാണല്ലോ പറഞ്ഞത് എല്ലാ ആൾക്കാർക്കും സാധിക്കുന്ന ഒരു കാര്യം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ നമ്മളെ ഒരുപാട് പ്രായം ചെന്ന ഒരാളെ കഷ്ടപ്പെട്ട് സീറ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മളെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണെങ്കിലും സീറ്റ് മാറി അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ശാരീരിക വേദനയൊക്കെ ഉണ്ടാകുമെങ്കിലും ആ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സുഖത്തെ ഒന്ന് ആസ്വദിക്കാൻ എന്തൊരു രസമായിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും നമുക്ക് സാധനാഭക്തിക്കുള്ള അവസരം ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നു അതുപോലെ വളരെ ആസക്തിയുള്ള കാര്യങ്ങളെ എല്ലാവർക്കും വേണ്ടി ദാനം ചെയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ ഒരാൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് സാധനാഭക്തി ആചരിക്കാൻ സാധിക്കും എന്ന് നല്ലൊരു ഉദാഹരണം പറഞ്ഞു തന്നു മൂന്ന് വർഷം വളരെ പാടുപെട്ടിട്ട് നേടിയെടുത്ത ഒരു ശാപ്പാട് ആ സമയത്ത് വന്നു ചേർന്ന ഒരു വിശക്കെന്ന് അതിഥിക്ക് വേണ്ടി അങ്ങോട്ട് നൽകിയപ്പോൾ കിട്ടിയ ആ ഒരു സന്തോഷം നമുക്ക് വിശപ്പുണ്ടെങ്കിലും വേറൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഇങ്ങനെയൊക്കെയാണ് അത്രയെ സാധനാഭക്തിയെ വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ ചെറുപ്പക്കാർ സാധാരണ ചോദിക്കും ഇതൊക്കെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ അകർമ്മ ദർശനവും ഈഗോവിനെ കത്തിച്ച് കളയണമെന്നും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ധരിച്ചും കൊണ്ട് ഒന്നിനെക്കുറിച്ചും ഗോതറി ചെയ്യാണ്ട് എങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പലരും ചോദിക്കുകയുണ്ടായി ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഇദ്ദേഹം സൂചിപ്പിച്ച രണ്ടു മൂന്ന് മേഖലകൾ ഐ ടി കാൾ സെന്റർ മേഖല സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് ഇവർക്കെല്ലാം ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അദ്ദേഹം കൊടുക്കുന്ന ഒരു ധ്യാന രൂപമുണ്ട് ഇവർക്കെല്ലാം നമ്മുടെ വീടുകളിൽ വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന ചില പൈപ്പുകള് അതങ്ങനെ പൂട്ടിയിട്ടാലും വെള്ളം ഇങ്ങനെ ചട്ടിക്കൊണ്ടേയിരിക്കും അത്ര പക്ഷേ അടുത്ത ദിവസം നോക്കണ സമയത്ത് താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റില് വെള്ളം നിറഞ്ഞിരിക്കും അപ്പൊ ഇത്തരം ചെറുപ്പക്കാർക്ക് ഉപരിപ്ലവമായിട്ട് ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നിയാലും എന്തെങ്കിലും ഒരു ഉപാസന ഒരു അഭ്യാസം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മതി ബക്കറ്റ് നിറഞ്ഞോളും നമ്മുടെ ഹൃദയമാകുന്ന ബക്കറ്റിൽ ഈ ശാന്തി നിറഞ്ഞോളും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് അദ്ദേഹം തരുന്നത് നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇത് ഉദ്ബോധനം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എന്നോർക്കണം ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും ബ്രഹ്മവിദ്യയും അതുപോലെ പ്രയോഗ ഉപായങ്ങളും യോഗശാസ്ത്രവും ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും ഇത് രണ്ടും കൂടിയാണത്രേ ഭഗവത്ഗീതയിൽ സമ്മേളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആചാര്യനും ഇവിടെ രണ്ടും കൂടി സമ്മേളിപ്പിച്ച് നമുക്ക് ഒരു അനുഗ്രഹ വർഷമാക്കി തന്നിരിക്കുകയാണ് അതിനെ നമ്മൾ എത്ര നന്ദിയോടെ അതനുസ്മരിച്ചാലും പോരാ എന്ന് വേണം പറയാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെയും പ്രാതിനിധ്യം വഹിച്ചും എല്ലാവരുടെയും പ്രേമത്തെയും ആദരവിനെയും ബഹുമാനത്തെയും ഭക്തിയെയും ഈ വ്യാസപീഠത്തിൽ അർപ്പിക്കട്ടെ എല്ലാവർക്കും കർമ്മയോഗികളാവാൻ സാധിക്കട്ടെ എല്ലാവർക്കും സാധനാഭക്തിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണത് അദ്ദേഹം ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനും ഇതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്റെ അടുത്ത് ആരും വന്ന് പറയേണ്ടതെന്ന് വന്നിട്ടാണ് അവർ അത്ര എല്ലായിടത്തും കൂടെ ഒന്നും ചേർത്ത അങ്ങനെയാണത്രേ ഇങ്ങനെയാണത്ര എന്തായാലും ഇതൊക്കെ ഇപ്പൊ ഞാനും കൂടെ ഒന്നും ഇങ്ങനെ സ്മരിച്ചു എന്തൊക്കെയാ പറഞ്ഞത് ഇനിയിപ്പോ നാമസംകീർത്തനം ചെയ്ത് നമ്മള് സമർപ്പിക്കാം ഇത് കഴിഞ്ഞാല് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ എറണാകുളത്തെ ടി ഡി എം ഹാളിൽ ഭാഗവത സപ്താഹമുണ്ട് അതിനുശേഷം മെയ് മാസം ഇവിടെ ട്രസ്റ്റ് വൈ ട്രസ്റ്റിൽ പതിവായിട്ടുള്ള ഭാഗവത പ്രഭാഷണമുണ്ട് ജൂൺ ഒന്നാം തീയതി മുതൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹമുണ്ട് ഇത്രയും കൂടെ വരാൻ പോകുന്ന വിഷയം പറഞ്ഞുകൊള്ളാണ് നിാനമനന്തം നിത്യമനാശം പരമാകാശം ഗോഷപ്രാങ്കണരിണലോലമസം പരമായാസം മായാക്കാരമ ക്ഷമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോപാളം ഭുവി ലീലാവിഗ്രഹോപാളം ോപീന ഗോവർധനധൃതലീലാളിതോ ഗോഭർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനാമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം വൃന്ദാവന ഭുവി വൃന്ദാരകണവൃന്ദാധം കുന്ഭാമലസ്മേരസുധാനന്ദം സുഹൃദം വ്യാശേഷനിമാനസ വന്ദ്യനന്ദപദ ദ്വന്ദ്ം വന്ദ്യ ശേഷുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാതോ മസിമേ തോന്നാച്യം മിഞ്ചിതസ്തി യഥാഷ്ടം കൂരുമാം തഥൈ റം ആത്മനാഥം രമണം ഭപ്പോ ഇവിടുത്തെ സമാപനം കഴിഞ്ഞ ശേഷം അക്ഷരയും യജ്ഞപ്രസാദവും വാങ്ങിച്ച് പോവാം ുതഞ്ചരെത്വ ആമാസോ നിസേന തസ്ൻ നിയ വിശേഷാ തൃശ്രവണമുദോ ബസ്പർശേ ചതുർക്കാളവത്യാ അഹരഹർവാപേക്ഷമസ്മീയാ ഔദുബരേ വിഷമിരനിം വരിചരെത് പുനർമാമേത്യേത ഉദ്ധൃതപരിഭൂത കാര്യം കൂറീത അസഞ്ചയ അഗ്നേ വയവേ സൂര്യാ ബ്രഹ്മണേ പ്രജാതയേ ചന്ദ്രമസേ നക്ഷത്രേഭ്യതുഭ്യ സംവത്സരാ വരുണായുണാതി വ്രത ഹോമാവർഗ്യവേശ അരുണക്കാണ്ട അരണ്േ ദീയീരൺ ഭദ്രേ വിധി ത്വേ ചിത്ര മഹാദഗം സ്പർശ്യ സമാചാരോ ദിവാണേദ്യോഷധീരാഭത്തെ സമരേകേതി ഭൂമിമർഗേ ർദക്ഷി കകും സംചസ് ചോമം അന്യവാ ശുക്ല യഥാ ഏവസ്വാധ്യയധർമ്മേണ അരണ്േദീത തപസ്വേ പുണ്ോ തപസ്വേ പുണ്ോ ഓ